ഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കെമിസ്ട്രിയിൽ ഉണ്ടാക്കണമെങ്കിൽ ലോട്ട് ഓഫ് ഹ്യൂമൻ പവർ വേണം ലോട്ട് ഓഫ് എക്വിപ്മെന്റ്സ് വേണം ഒരു എക്വിപ്മെന്റും ഒരു ഹ്യൂമൻ പവറും ഇല്ലാതെ എവിടെ ഉൽപാദിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിനത് ഉൽപാദിപ്പിക്കുന്നു എങ്കിൽ ആ ഒരു ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച ശക്തി ഹൈലി ഇന്റലിജന്റ് ആവിലി മനസ്സിനേക്കാളും ബുദ്ധി ഏതിനുണ്ട് മനസ്സിനെ പോലും നിലനിർത്തുന്ന ശൈലി ഇന്ന് നമുക്കത് മനസ്സിലാവാത്തിന് കാരണം മനസ്സെപ്പോഴും ഈ ലോകത്തിലേക്ക് പോയിപ്പോയി മനസ്സ് വിചാരിക്കുന്നു ഇൻഫോർമേഷൻ ഈസ് ദ നോളജ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ നോളജ് എന്നാണ് കപില ഭഗവാൻ ധ്യാനത്തിലൂടെ കണ്ടെത്തുകയാണ് ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് കുട്ടിയിരിക്കുന്നത് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ മെഡിക്കൽ സയൻസ് പോലും കണ്ടെത്താത്ത കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഞാൻ ഈ കാര്യത്തിലുണ്ടല്ലോ നമ്മൾ കഥയിലെടുത്തേക്കുന്നു പോട്ടെ ഞാനൊരു ഒരു മഹാത്മാവിനെ കുറിച്ച് കിട്ടുന്നത് പാലക്കാട് ഒരു അന്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് മാൻ ആൻഡ് ഹീസ് പ്രധാനമായിട്ട് എന്താണ് ഈ പാമ്പ് വിഷം ഇറക്കുന്ന ഒരു എന്താ നമ്മൾ പറയാ പാമ്പ് വിഷ വിഷവൈദ്യം എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ വിഷവൈദ്യന്മാരെ കുറിച്ച് ഇദ്ദേഹം കംപ്ലീറ്റ്ലി ബ്ലൈൻഡാണ് ഒരു ലിറ്റിൽ ഇത് പോലും കാഴ്ച പോലും ഇല്ല ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറയത്രേ ഇന്ന് തെക്ക് ഭാഗത്തുനിന്ന് ഒരു പാർട്ടി വരുന്നുണ്ട് എന്നിട്ട് കൊണ്ടുവരണ്ട എന്ന് പറയൂ ഇത് ലിറ്റിൽ ഹാപ്പൻഡാണ് ഇന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട പറയൂ കാരണം അത് ചികിത്സിച്ചാലും ശരിയാകില്ല എങ്ങനെ മനസ്സിലായി ഇദ്ദേഹത്തിന് ഒരാളെ പാമ്പ് പിടിച്ച് തെക്ക് ഭാഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഫ്രോം വെയർ ദ നോളജ് അതുപോലെ തന്നെ പറയും ഇന്ന് വേറൊരു നിൽക്കുന്ന ഒരാൾ വരുന്നുണ്ട് അവരെ പിടിച്ച് കടത്തി ഈ മരുന്ന് കൊടുക്കും ഇവർക്ക് അത് ഇന്ന പാമ്പാട്ടോ കടിച്ചത് ഈവൻ ഹി കാൻ ദ് ദറങ്ങോട്ട് വന്നു വേർ ഹി ഗോട്ട് എന്താ അതിന് ഉത്തരം പറയാനുള്ളത് ഇതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ വിജയിച്ചു കഴിഞ്ഞപ്പോ ധൃതരാഷ്ട്രയെ നമസ്കരിക്കാൻ പറയുകയാണ് ധർമ്മപുത്രൻ പോയി നമസ്കരിച്ചു നെക്സ്റ്റ് വരണ്ടാ പറഞ്ഞു അതെന്താ ഭഗവാനെ ഞാൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഓർഡർ ചെയ്തിട്ട് അതാ ആരെ കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റീൽ ഭീമനെ കൊണ്ടുപോന്നിട്ടുണ്ട് ഈ സ്റ്റീൽ ഭീമനെ കൊണ്ടുപോയി ചന്ദ്ര രാഷ്ട്രയുടെ മുന്നിൽ കൊണ്ണീന്ന് പിന്നെ സംഭവിച്ചറിയാലോ പൊടിഞ്ഞു തകർപ്പണായി ആ പൊടിഞ്ഞ് വീഴുന്ന സമയത്ത് പറയാനുള്ളി നിന്റെ ഞരക്ക് ഒന്നുമല്ല ഉണ്ണി നീ പോയല്ലോ ഭഗവാൻ പറഞ്ഞു കാരണം അവരെ വെറുതെ കളയണ്ട ഉണ്ണിക്കൊന്നും സംഭവിച്ചിട്ടില്ല സ്റ്റീൽ ഭീമനാണ് മരിച്ചത് ഒറിജിനൽ ഭീമനൊന്നും അപ്പൊ എവിടെ നിന്ന് കിട്ടി ഭഗവാൻ ഈ നോളജ് ഇയാളെങ്ങനെ ആലിംഗനം ചെയ്യും ആലിംഗനത്തിൽ ഭീമൻ മരിക്കാനുള്ള സാധ്യത ഇതൊന്നും ഇൻഫർമേഷൻ അല്ല ഇതൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും ഉണ്ടല്ലോ കൂടുതൽ കൂടുതൽ ഈവൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെത്ത് പോലും അറിയാൻ പറ്റും ഇന്ന സമയത്ത് ഞാൻ മരിക്കും എന്നുള്ളത് സമാശം അറിയാലു കൻ പ്രഡിക്ട് യുവർ ഡെത്ത് എന്നാണ് ഞാൻ ഇന്ന സമയത്ത് ഈ ശരീരം ഇടും എന്നുള്ളത് വേണ്ട വേണ്ടതാണോ നല്ല കാര്യമല്ലേ പിന്നെ ഒരു പ്രശ്നമേ നിങ്ങൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പ്രതിമ വരും ആളുകൾക്ക് പിന്നെ പൂജിക്കാൻ തുടങ്ങും യോഗിനി മാതാ കാരണം ദിവ്യമരണം പ്രവചിച്ചു മരിച്ച ആളെന്ന് ഭർത്താവിന ഇതൊക്കെ നിനക്ക് പ്രവചിക്കാൻ ഉണ്ടെങ്കിൽ എന്റെ കാര്യമൊന്നും പ്രവചിക്കായിരുന്നില്ലേ മുൻകൂട്ടി നമുക്കിതൊക്കെ സാധിക്കുന്ന പറയുന്നത് തമാശയല്ലേ ഈ പറയുന്നത് ഇറ്റ്സ് നോട്ട് ജോക്ക് ഇറ്റ്സ് റിയാലിറ്റി എത്ര കണ്ട് നമ്മുടെ മനസ്സ് സർവജ്ഞനായിരിക്കുന്ന ഭഗവാനിലേക്ക് വരുന്നുവോ ആ സർവജ്ഞത്വം കുറച്ചൊക്കെ മനസ്സിലും കിട്ടും അവൻ മനസ്സിന് അറിയാൻ പറ്റും ദിസ്ഇസ് ഗോയിങ് ടു ഹാപ്പൻ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഈ ശരീരത്തിന് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ ദ മോർ യു ഗെറ്റ് ഐഡന്റിഫൈ വിത്ത് ഗോഡ് ദ മോർ യു നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ഇത് വെറുതെ പറയാൽ ട്രൂത്ത് നിങ്ങൾക്ക് പരിഭ്രമിക്കേണ്ടി ഇതാണ് പലർക്കും പ്രവചിക്കാനൊക്കെ സാധിക്കുന്നത് നമുക്ക് തന്നെ തോന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അത് മനസ്സിലായുണ്ടോ അപ്പോ അതുകൊണ്ടായിരിക്കാം ഭഗവാനെ വിളിക്കുന്നത് ക്ഷേത്രജ്ഞൻ ഭഗവാന് മറ്റൊരു പേരിന്റെ സർവജ്ഞൻ എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവനാണ് സർവ സർവഭൂതാത്മതൃ സാക്ഷാത്യാഗമന കാരണം എല്ലാം അറിയുന്ന എല്ലാവരുടെ മനസ്സിലും ഉള്ള കാര്യങ്ങൾ അറിയുന്ന ഭഗവാൻ എന്ന കുജേലോഭാഖ്യാനത്തിൽ ഭഗവാനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വേദവ്യാസം സർവഭൂത ആത്മതൃക്ക് സർവഭൂത ആത്മതൃ സർവഭൂതങ്ങളുടെ ആത്മതൃക്കായിരിക്കുന്ന അറിയുന്ന ഭഗവാനൊക്കെ ഏതായാലും ഈ കാര്യം നിങ്ങൾ ഓർത്തു വെക്കൂ ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അറിവുള്ളവൻ ആരാണ് ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനും അപ്പൊ നമുക്ക് ഇന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സിനാണ് ബുദ്ധിയും ശക്തി എന്നൊക്കെയാണ് ആ ബുദ്ധിയെക്കാളും ശക്തി ബുദ്ധിയെക്കാളും അറിവ് ആർക്കൊണ്ട് ഞാൻ നമ്മുടെ ബുദ്ധിക്ക് ഒരു പരിവിധി വരെ വേർതിരിക്കാൻ പറ്റും പക്ഷെ വായുവിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് പറ്റുമോ പറ്റില്ല അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ശരീരത്തെ നിലനിർത്തി നമ്മളെ ബ്ലഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നും ശാസ്ത്രജ്ഞന്മാർക്ക് കെമിക്കലായി ബ്ലഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ ബ്ലഡ് ഉണ്ടാക്കിയതിന്റെ ശക്തിയുടെ എന്തായിരിക്കണം പ്രഭാവം എന്തായിരിക്കണം നമ്മുടെ കിഡ്നി പോയാൽ പോയത് തന്നെ അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക് കിഡ്നി വെക്കാൻ പറ്റുമോ ഒരുവിധം അവർ നമ്മുടെ കാൽമുട്ട് പ്ലാസ്റ്റിക് വെച്ച് നോക്കിയിട്ടുണ്ട് ബ്രെയിൻ വരെ പ്ലാസ്റ്റിക് വെച്ച് നോക്കാന്നാ പറയുന്നത് മനസ്സിലായില്ലേ പക്ഷെ ഏത് മാറ്റി വെക്കാൻ പറ്റില്ല ഈ കിഡ്നി ബ്രെയിൻ വെക്കാൻ പറ്റുമോ ഇതുവരെ വെക്കാൻ പറ്റിയില്ലേ ഇനി അത് മനസ്സിലാക്കണ്ട നിങ്ങള് ബ്രെയിൻ ഇല്ലാതെയും മനുഷ്യൻ ജീവിക്കുന്നൊക്കെ പറയുന്നുണ്ട് പറയാൻ പറ്റില്ല ഒരിക്കൽ ഡോക്ടർമാര് പറയായിരുന്നു ഓപ്പറേഷൻ ഒക്കെ നടത്തിയപ്പോഴേ അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു ഞങ്ങളവിടെ ഓപ്പറേഷൻ ഒക്കെ നടത്തിയപ്പോ പഴയ ഒരാളുടെ ബ്രെയിൻ എടുത്തിട്ട് അല്ല പുതിയൊരു ചെറിയ കുട്ടിയുടെ ബ്രെയിൻ എടുത്തിട്ട് ഒരാൾക്ക് വെച്ചപ്പോൾ വർക്ക് ചെയ്തുതന്നു ഇപ്പൊ ഇന്ത്യയിലെ ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു എംപിയുടെ ബ്രെയിൻ എടുത്ത് മാറ്റിയിട്ട് അയാളിപ്പം മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അയാൾക്ക് എന്ത് ആക്സിഡന്റ് പറ്റിയപ്പോ അതിന്റെ ബ്രെയിൻ കേട് വന്നു ഇവര് ബ്രെയിൻ തന്നെ എടുത്ത് മാറ്റി വെച്ചു പിന്നെ മനസ്സിലായത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാ മനസ്സിൽ എടുത്തു വെച്ചിട്ടില്ലല്ലോന്ന് തിരിച്ചു വെച്ചിട്ടില്ലാന്ന് പക്ഷെ എങ്കിലും ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ് അദ്ദേഹപ്പെ മിനിസ്റ്ററുമായി മാറിയിരിക്കുകയാണെന്ന് അന്ന് മുതൽ മനസ്സിലായി ഇന്ത്യയിൽ അതേ മിനിസ്റ്റർ ആവുമെന്ന് അങ്ങനെ തമാശ പറഞ്ഞു ഇതുപോലെ ഭഗവാന്റെ കഴിവും അറിവും അതിനെ ചോദ്യം ചെയ്യാൻ അതിന്റെ അടുത്തെത്താൻ ഒരു ശക്തിക്കും ഇന്നേ വരെ സാധിച്ചു നമ്മൾ എത്ര ആദരിക്കുന്ന എന്തെല്ലാം അറിവുകളാണ് ഈ ശരീരത്തെ നിലനിർത്തുന്ന അറിവുകളൊക്കെ അല്ലേ പക്ഷെ നമ്മൾ ഭൂരിപക്ഷം ആളുകൾ വാല്യൂ ചെയ്യണ്ടോ വാല്യൂ അങ്ങേറ്റം എന്താണ് വിലപതിക്കാൻ പറ്റാത്ത എന്തായാലും പറയാം അൺവാല്യുബിൾ അല്ലേ അങ്ങനെയുള്ള ഒരു സാധനത്തിനെയാണ് ജനങ്ങൾ തീരെ വില അറിയാതെ ജീവിക്കുന്നത് അത്ര പ്രിഷ്യ സാധനമാണ് സാധനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ആ ശക്തിയാണ് നമ്മൾ അവഗണിച്ച് നടക്കുന്നത് എന്ത് ജീവൻ ഭൂ ഞാനെന്ത് ജീവിതം നമ്മൾ ആ ചെറിയ മനസ്സുകൊണ്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ആ മനസ്സിന്റെ പിന്നിലുള്ള വലിയൊരു ശക്തിയെ നമ്മൾ കൈവിട്ടുപോയി അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ക്ഷേത്രജ്ഞം വിധി ക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞർ മതം മമാേത്രജ്ഞം ചാവി മാം വിദ്ധി ചാവി അല്ലേ ചാവി ക്ഷേത്രത്തിന്റെ ചാവി ഞാനാണെന്നല്ലേ ഭഗവാൻ പറയണ ക്ഷേത്രജ്ഞം ച അഭി മാം വിദ്ധി നിങ്ങൾ എന്നെ ഏത് രൂപത്തിൽ കാണണം കൃഷ്ണൻ പറയുന്നു ഏത് രൂപത്തിൽ കാണണം ക്ഷേത്രജ്ഞനായി കാണണം എവിടെയിരിക്കണോ ഞാൻ സർവക്ഷേത്രേഷഭാരത് അപ്പൊ നമ്മുടെ ശരീരമൊക്കെ ക്ഷേത്രമാണ് അതിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ അപ്പൊ ഓരോ ജീവനും വാസ്തവത്തിൽ ആരെ തന്നെയാണ് ഭഗവാൻ തന്നെ ഇനി ഗുരുവായൂരപ്പനെ അന്വേഷിച്ച് നിങ്ങൾ എവിടെയും പോകേണ്ടതുണ്ടോ ഗുരുവായൂരിൽ പോയി ക്യൂ നിന്ന് ഇടികൊള്ളേണ്ട ആവശ്യമുണ്ടോ അത് വന്നപ്പോ കാലും അറി നിങ്ങൾ ഉണ്ടോ ഇല്ലയോ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എവിടെയിരിക്കണോ നമ്മുടെ പുറകിലിരിക്കണോന്ന് പറയരുത് ഇത് മദ്രാസിൽ നിന്ന് പറഞ്ഞ ഗുരുവായൂരപ്പനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ ഓരോരുത്തരുടെയും പുള്ളിയിലിരിക്കുന്നു നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാം വിദ്ധി എടാ വിദ്ധി മാം വി എന്നെ അറിയൂത് എന്നെ സർവക്ഷേത്രങ്ങളിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന ഭഗവാന് ക്ഷേത്ര ക്ഷേത്രജ്ഞർ ജ്ഞാനം ഈ ജ്ഞാനമുണ്ടല്ലോ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ഈ ജ്ഞാനമാണ് എത്രജ്ഞാനം മതമ ഇതാണ് ശരിക്കുള്ള ജ്ഞാനം ഇത് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ശരിക്കും ജ്ഞാനികളാണ് ഏതിനെക്കുറിച്ചൊക്കെ അറിയണം ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രജ്ഞനെ അറിയണം ഇത് നല്ലവണ്ണം ഉറപ്പിച്ചുകൂടെ നമുക്ക് ഇനി ഗുരുവായൂരപ്പനെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയേണ്ടത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലിരിക്കണോ എന്ന് പറയാൻ പാടുവോ ഗീത കേട്ടിട്ട് പറയാൻ പാടില്ല എവിടെ ഇരിക്കണോ ഇനി നമ്മുടെ ഉള്ളിൽ മാത്രമല്ല എല്ലാവരുടെ ഉള്ളിൽ അപ്പൊ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് ക്ഷേത്രം വരുന്നത് പോലെ തോന്നണം ക്ഷേത്രം ഇങ്ങനെ നടന്നു വരുന്നത് പോലെ മൊബൈൽ ക്ഷേത്രങ്ങള് മറ്റത് ഫിക്സഡ് ക്ഷേത്രങ്ങളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മൊബൈൽ ക്ഷേത്രങ്ങളാണ് മൂവ് ചെയ്യുന്ന ക്ഷേത്രങ്ങള് മൊബൈൽ ആംബുലൻസ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ മൊബൈൽ കോർട്ട് മൊബൈൽ കോടതി പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ സഞ്ചരിക്കുന്ന കോടതി സഞ്ചരിക്കുന്ന വീട് സഞ്ചരിക്കുന്ന ഹോട്ടൽ ഇതുപോലെ സഞ്ചരിക്കുന്ന അമ്പലങ്ങളാണ് നമ്മളോരോരുത്തരും അപ്പൊ ഇനി ഓരോരുത്തരെ കാണുമ്പോഴും ഗുരുവായൂര അമ്പലം നടന്നു വരുന്നുണ്ട് ഗുരുവായൂര അമ്പലത്തിൽ ആരിയ്ക്കുന്നു ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പന അന്വേഷിച്ചു എവിടെയും പോകേണ്ട ആവശ്യമില്ല രാവിലെ എണീറ്റ് ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആളെ ഗുരുവായൂരപ്പാണ് ഞാൻ ഗുരുവായൂരമ്പലത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണ്ടാവും എന്ത് രസമായിരിക്കത് എല്ലാവരും ഈ ബുദ്ധിയിലൊക്കെ കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ മതി ഇവിടെ രസമല്ല ജീവിതം അല്ലേ എല്ലാവർക്കും ഈ നോളജിൻ്റെ നീക്കുക എല്ലാവർക്കും സപ്പോസ് എവ്രി വണ്ണി സേവിംഗ് ദീസ് നോളജ് മറ്റൊരാളെ കാണുമ്പോൾ ക്ഷേത്രം അയാളിൽ ഇരിക്കുന്നത് ഗുരുവായൂരപ്പൻ ഈ രീതിയിൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിൽ സമാധാനം എപ്പ വേണമെങ്കിലും ഏത് രാത്രി വേണമെങ്കിലും ഏത് രാജ്യത്തിൽ പോകണം ഒരു വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ഇല്ലേ രസമല്ലേ ആക്ച്വലി നമ്മുടെ സ്പിരിച്വൽ നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ലിമിറ്റേഷൻ ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കൊരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ രസ വേണം അത് വേണം മനുഷ്യന് മനുഷ്യന്റെ അടുത്തേക്ക് പോകാൻ പ്രശ്നം പറയുമ്പോൾ എല്ലാവരും ഒരേ ബ്ലഡും ഒരേ ശ്വാസം പക്ഷെ എന്നിട്ടും മനുഷ്യന് മനുഷ്യന് വിശ്വാസമില്ല പക്ഷികൾക്ക് നോക്കൂ നിങ്ങൾ ഇത്ര സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവാൻ ഒന്നും പേ ഞാൻ പറഞ്ഞാൽ മതി സിംഗപ്പൂരിൽ മാത്രം പോകാൻ പാടില്ല എന്ന് മാത്രം കാക്കകള് കാരണം അവര് വെടിവെച്ചുമല്ലോ അവർക്ക് കാക്കയെ അലർജിയാണ് അവർക്ക് അവര് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടിയിൽ പറ്റിയ വലിയ വിഡിത്താണ് അത്രയും കാക്കകള് അപ്പൊ അത്ര ഇന്റലിജന്റ് ആണ് അവര് ഏ എന്തോ അവര് കൊതുകിനെ വെടിവെച്ചുമല്ലാത്തത് എനിക്ക് മനസ്സിലായില്ലേ അതാ അവര് കാരണം കൊതുക് യൂണിവേഴ്സൽ ബേഡാണ് അത് സിംഗപ്പൂർ ഗവൺമെന്റിന് വിചാരിച്ചാലും കടക്കാതിരിക്കില്ല അങ്ങനെയുള്ള വിഡിത്തമുണ്ട് ലോകത്തില് അപ്പോ മൃഗങ്ങൾക്കും മനുഷ്യ എന്താണ് ജീവജാലങ്ങൾക്കൊന്നും അവരെ പറവുകളൊക്കെ അങ്ങനെ ഫ്രീഡമാണ് മനുഷ്യന്റെ അടുത്തേക്ക് വരുമ്പോണ്ടല്ലോ മനുഷ്യൻ വേണ്ടാത്ത അറിവുകൾ എന്ന് കുത്തി അന്ന് അവൻ മറ്റൊരു വേറെയായി കാണാൻ തുടങ്ങി മത്സരിക്കാൻ തുടങ്ങി പോരടിക്കാൻ തുടങ്ങി നശിപ്പിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മനുഷ്യന് ഈ മതങ്ങളുണ്ടല്ലോ വാസ്തവത്തിൽ ഫ്രീഡമല്ല കൊടുത്തത് മതങ്ങളൊക്കെ മനുഷ്യനെ പരിമിതമാക്കുക ചെയ്തത് മതത്തിന്റെ പേരിലാണ് ഇന്ന് പ്രശ്നങ്ങൾ നടക്കുന്നത് അല്ലേ മതത്തിന്റെ പേരിലാണ് നമ്മളും പാകിസ്ഥാനും തമ്മിലും പ്രധാന പ്രശ്നം കാരണം തെറ്റായ രീതിയിൽ മതം പ്രചരിപ്പിക്കപ്പെടുന്നു ഓരോ രാജ്യങ്ങളുണ്ടല്ലോ മതത്തിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഈ മതമാണ് ശരിക്കും മനുഷ്യനെ എല്ലാ തരത്തിലും സ്വതന്ത്രമാക്കേണ്ടത് കൈവല്യം എന്നാണ് ഭാരതീയ സംസ്കൃതം നമുക്കൊരു ഉപനിഷത്ത് തന്നെയുണ്ട് കൈവല്യോപനിഷത്ത് നിങ്ങൾ ഭാഗവതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തിൽ അവഹാനം പറയും ഭാഗവതത്തിന്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾ നോക്കൂ നിങ്ങൾ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് പതിമൂന്നാമത്തെ പറയും പ്രയോജനം കിം ഭാഗവതം പഠിച്ചാൽ പ്രയോജനം കൈവല്യക പ്രയോജനം കൈവല്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്ക മനുഷ്യനെ സ്വതന്ത്ര ചിന്തയുള്ളവരാക്ക ഒരു ചിന്തയിലും മനുഷ്യനെ കുരുക്കിടാതിരിക്കുക അപ്പൊ നമ്മളെ പരിശീലിച്ചെടുക്കണം ഇനിയിപ്പോ എന്തായാലും ലോകം നേരെയേക്കാൻ പറ്റില്ല ആരേ നേരെയേക്കാൻ പറ്റുള്ളൂ നമ്മളെ നേരേക്കാം അപ്പം ഇനി മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതൊന്നാണ് ഭർത്താവിനെ കാണുമ്പോഴും ഭാര്യയെ കാണുമ്പോഴും സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രം നടന്നു വരുന്നു ആ ക്ഷേത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരിപ്പം നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്താ ചിരിക്കുന്നത് എന്റെ ഭർത്താവിനെയോ സ്വാമി ഗുരുവായൂർ ക്ഷേത്രോ കണക്ക് തന്നെ നമുക്ക് അങ്ങനെയൊരു ധൈര്യം മനസ്സിൽ തോന്നുന്നില്ല പ്രാക്ടീസ് ചെയ്തെടുക്കണം എന്നെ മനസ്സിലായി ഇനി നാളെ മുതൽ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ കല്യാണം കഴിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്നവരില്ലേ ഇവിടെ ഉണ്ടോ എത്ര പേരുണ്ട് ആ രാവിലെ എണീറ്റുടനെ ഭർത്താവ് ഭാര്യയുടെ കാലം തൊട്ട് തലയിൽ വെക്കണം ഭാര്യ ഭർത്താവിന്റെ കാലം തൊട്ട് തലയിൽ നിൽക്കണം ആരായിട്ട് കാണണം സാക്ഷാൽ ഗുരുവായൂരഭൻ ഈ ശരീരം ക്ഷേത്രമാണ് അതിലിരിക്കുന്ന ആള് ഗുരു ആരഭന ഞാൻ പറയുന്നതല്ല സെർ ത്ത് ഞാൻ ജോക്ക് പറയല നിങ്ങളോട് അല്ലെ ട്രൂത്ത് അല്ലേത് എല്ലാ ശരീരങ്ങളും ക്ഷേത്രമാണ് എല്ലാ ശരീരത്തിലും ഇരിക്കുന്നത് ഗുരുവായൂരപ്പനാണെന്നല്ലേ പറയണത് പിന്നെന്താ നമ്മൾ നിങ്ങൾ ചിരിച്ചു കളയണത് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഉം രാവിലെ എണീറ്റുടനെ തന്നെ ഗുരുവായൂരപ്പ നമസ്കാരം ഇനി ഗുരുവായൂരപ്പനെ അന്വേഷിച്ച് എവിടെ പോണോ നിങ്ങൾ പിന്നെ ആര് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും ഗുരുവായൂരപ്പനായി എന്റെ കൂടെതായിരിക്കണോ ഗുരുവായൂരപ്പൻ എന്നിലുമുണ്ട് ഇദ്ദേഹത്തിലുമുണ്ട് ആ ഒരു ധൈര്യം നമുക്ക് മനസ്സിലും ഇതൊക്കെയാണ് ശരിക്കും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് അവരെയാണ് സമബുദ്ധിയുള്ളവർ ഞാൻ പറയുന്നത് നിങ്ങൾ ഓവർ എക്സാഗ്രേഷൻ വിചാരിക്കണ്ട ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് വിദ്യ വിനയസമ്പന്നി ബ്രാഹ്മണേ പണ്ഡിതാ സമദർശിനുദ്ധവരോട് കൃഷ്ണൻ പറയുന്നത് ഉണ്ടല്ലോ ബുദ്ധവരെ ദവത്നാണ് ദണ്ഡവത് പ്രണമേത് നമസ്കരിക്കണം എന്നാണ് നിങ്ങളോട് ഞാൻ കൈകൂപ്പിത്തോടാണേ പറഞ്ഞിട്ടുള്ളൂ കൃഷ്ണൻ പറഞ്ഞത് അതും ആരേന്ന് അറിയോ ആശ്വചണ്ടാള ഗോകരം ഭാര്യയെ പോയി നമസ്കരിയാൾക്ക് ഭാര്യയില്ലേ ബുദ്ധവർക്ക് വഴിയിൽ വെച്ചിട്ട് ഒരു ഗോകരം കഴുത ചണ്ടാള അവരൊക്കെ കാണുമ്പോൾ ഒന്ന് പോയി നമസ്കരിക്കും അവരിലൊക്കെ ആരുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമസ്കരിച്ചു അതൊക്കെ കുറെ കൂടുതലല്ലേ അതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ മിസ്റ്റർ ആൻഡ് മിസ്സിസിനെ മാത്രമല്ലേ നമസ്കരിക്കാൻ പറഞ്ഞുള്ളൂ നാട്ടുകാരെ മുഴുവൻ നമസ്കരിക്കാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ കുറേ കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ അപ്പൊ നാളെ മുതല് കപ്പിൾസൊക്കെ അങ്ങനെ ചെയ്യ കായിട്ട് വന്നവര് കപ്പിൾ വീട്ടിൽ പോയതിനു ശേഷം നിങ്ങളും വീട്ടിൽ പോയതിനു ശേഷം മറ്റേ കപ്പിനെ സോസറിനെ നമസ്കരിക്കണം അങ്ങനെയാണ് ഇതാണ് സത്യം ഇതാണ് വേണ്ടത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം ഓക്കെ ചേച്ചി നിങ്ങൾ ഇപ്പൊ ഗീത പഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭർത്താവില് ഗുരുവായൂരപ്പിനെ കാണാൻ തുടങ്ങി എങ്കിലും പറയും നിങ്ങൾ പഠിക്കും ഇതൊക്കെയാണ് സത്യം നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ശരീരം ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അപ്പൊ ഇനി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്നാ നമ്മുടെ ഇത് മാത്രമാണോ എല്ലാ ശരീരങ്ങളും ക്ഷേത്രമാണ് ഈ ബോധം നമ്മൾ ഉറപ്പിച്ചു വെക്കും അപ്പെന്തിനാ നമ്മൾ ഉറപ്പിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകല പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവും ശക്തിയൊക്കെ നമ്മളിൽ അന്തർലീനമാണ് അപ്പൊ നമുക്ക് വേറൊരു ദൈവത്തിന്റെ ആവശ്യം വാസ്തവത്തിൽ ഇല്ല ഉണ്ടോ നമ്മളിൽ നിന്ന് അന്യമായ ഒരു ദൈവത്തിന്റെ സപ്പോർട്ട് കൊണ്ട് വേണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ എവറിത്തിംഗ് ഈസ് പൊട്ടൻഷ്യലി അവൈലബിൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇത് നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടും അറിയാത്തത് നമുക്ക് മറ്റൊരു ദൈവത്തിന്റെ സപ്പോർട്ട് ആവശ്യം വരുന്നത് മനസ്സിലാവുണ്ടോ ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം എന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്റെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് അര് ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് അർജുന ഇപ്രകാരം എന്നെ ആരാണോ മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അവർക്കെന്നെ എവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഉപദ്രവാനു ോക്തേശ്വരാ പരമാത്മേരിുക്തോസ് ദേഹേ അസ്മിൻ അസ്മിൻ ദേഹേ അസ്മൻ ദേഹേ എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിൽ പുരുഷനായി പരനായി പരമാത്മാവായി ഉപദൃഷ്ടായി ഭർത്തായി ഭോക്തായി മഹേശ്വരനായി നമ്മൾ പല പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ ഭഗവാനെ കുറിച്ച് പരമാത്മാവാണ് അതുപോലെ പുരുഷനാണ് അതുപോലെ തന്നെ ഭഗവാൻ ഉപദൃഷ്ടാവാണ് എല്ലാം കാണുന്നവനാണ് സാക്ഷിയാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എവിടെയിരിക്കുന്നു ഈ ഭഗവാൻ അസ്മിൻദേഹെ എവിടെയിരിക്കുന്നു നമ്മളിൽ തന്നെയാണ് അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന പരമശക്തി നമ്മളിൽ അന്തർലീനമായി തന്നെ ഉണ്ട് എന്ന് മറന്നുപോയി നോക്കൂ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഭർത്ത ഭർത്ത എന്ന് പറഞ്ഞാൽ എല്ലാം നിലനിർത്തുന്നവൻ അർത്ഥം എല്ലാറ്റിനെയും നിലനിർത്തുക അപ്പൊ നിലനിർത്തുന്ന ശക്തിക്കാണ് നിലനിൽക്കുന്ന ശക്തിയെക്കാൾ കൂടുതൽ പവർ ഞാനീ നിങ്ങളോട് പറഞ്ഞു ഒരു ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിനേക്കാൾ സ്ട്രോങ് അതിന്റെ ഫൗണ്ടേഷന് വേണം അപ്പൊ നമ്മളെ നിലനിർത്തുന്നത് പരമാത്മാവാണെങ്കിൽ ഈ ശരീരത്തിനേക്കാളും മനസ്സിനേക്കാളും ശക്തി ആർക്കുണ്ടാവണം ആ പരമാത്മാവിനോടാവണം പക്ഷെ ഇന്ന് നമ്മളത് അറിയുന്ന അറിയുന്നില്ല ഇനി അറിഞ്ഞാൽ പോലും നമുക്കത് നുഭവിക്കാൻ പറ്റുന്നില്ല കാരണം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല തീക്ക് ചൂടുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് എന്ത് കാര്യം അൺലസ് ഇറ്റ് ഈസ് അവൈലബിൾ ടു മൈ എക്സ്പീരിയൻസ് ഇറ്റ് ഹാസ് നോ യൂസ് മനസ്സിലായില്ലേ അതെന്റെ അനുഭവത്തിലേക്ക് വരണം അപ്പൊ തീയുടെ ചൂട് ഞാൻ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം ഞാൻ നിങ്ങളോട് പറയാണ് ഇവിടെ കാപ്പി കൊണ്ടുവച്ചിട്ട് നല്ല അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കി നീക്കുക നല്ല മധുരമുണ്ട് എക്ലാസ് ആയിട്ടുണ്ട് അതായിട്ടുണ്ട് അനുഭവം ഉണ്ടാവോ അത് നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ പൗരവന്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതുമായിട്ടൊന്ന് അടുക്കണം ഇതുപോലെ നമുക്ക് ഭഗവാൻ കൂടെയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എപ്പോഴാണ് കാര്യമുള്ളത് അതിനോട് നമ്മൾ അടുക്കണം അതുകൊണ്ട് പറയും രണ്ട് കാര്യങ്ങള് ആരാ ക്ലാസ്സിൽ വരാത്തത് തുമ്മൽ വരുന്നു പറയുമ്പോഴാണല്ലോ തുമ്മൽ വരുക ഓക്കെ അപ്പോ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അത് നമ്മൾ അനുഭവത്തിൽ വരണം അപ്പോഴേ നമുക്കത് അവൈലബിൾ ആവുള്ളൂ അല്ലേ ശരിയല്ലേ അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യമുള്ളത് എന്റെ എന്താണ് മുത്തശ്ശന്റെ അതിൽ ഇത്രയും രൂപ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും വല്ല കാര്യമുണ്ടോ ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങള് പണ്ട് ഒരുപാട് കാശ് വീട്ടിലുണ്ടെന്ന് കാര്യം അത് നമ്മുടെ അനുഭവത്തിൽ കിട്ടാതെ എന്ത് കാര്യമുണ്ട് ഒരമ്മ എന്നോട് പറയുന്നു സ്വാമി എനിക്ക് സ്വാമി നാലാളം ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഗവത ഗ്രാമത്തിന് വേണ്ടി എന്റെ ഭർത്താവ് ഒരു അഞ്ചു കോടി രൂപ ഏകദേശം അഞ്ചു കോടി രൂപ കിട്ടിയാൽ നമ്മുടെ പദ്ധതി പൂർണ്ണമായിരുന്നു എവിടെയുണ്ട് പൈസ ഒരു ട്രസ്റ്റിലിട്ടിരിക്കുന്ന ആ ട്രസ്റ്റിൽ നിന്ന് പൈസ കിട്ടുമോ അതൊരിക്കലും കിട്ടൂലെന്ന് െന്ത് കാര്യണ്ട് കഴിഞ്ഞില്ലേ കാര്യം അപ്പൊ ആ ട്രസ്റ്റ് ഒന്നൊരിക്കലും എടുക്കാൻ പറ്റില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിംഗപ്പൂരിലെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു ദേവൻ നായർ ഫസ്റ്റ് പ്രസിഡന്റ് ഹിഫാസ് ഡി പ്രസിഡന്റ് അയാളായിരുന്നു അയാളുടെ ഭാര്യ റിലേറ്റീവ് പറഞ്ഞ കാര്യത് അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യമുണ്ടോ നമുക്ക് കാര്യമുണ്ടോ അപ്പൊ നമ്മുടെ ജീവിതത്തേക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് നമ്മുടെ അനുഭവത്തിലേക്ക് കിട്ടണം ഇതുപോലെ പണ്ടുള്ളവർ പറയാലേ എന്താണ് ശർക്കര എന്ന് എഴുതിയിട്ട് മധുര കിട്ടുമോ കിട്ടില്ല അത് നമ്മൾ ശർക്കര വാങ്ങിച്ച് വായിലിട തന്നെ ഇതുപോലെ ഭഗവാൻ പറയുന്ന പരമാത്മാ അത്രയും ശക്തിയുള്ള പരമാത്മാവിനോട് നമ്മൾ അടുക്കണം അതിനോട് നമ്മൾ ചേരണം അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭാരതീയ സംസ്കാരം പറയുന്നത് ഒന്ന് അറിയണം രണ്ട് അനുഭവിക്കണം എന്തൊക്കെയാ വേണ്ടത് അറിയൽ സത്സംഗത്തിലൂടെയും അനുഭവം നാമസങ്കീർത്തനത്തിലൂടെയാണ് അപ്പൊ നാമകീർത്തനം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ വെഹിക്കിൾ ബൈ വിച്ച് യു ക്യാൻ ഗോ നിയർ ടു ദി Not only go nearer to the Lord, you can be one with the Lord. ലോഡ് അപ്പം നാമസങ്കീർത്തനം എന്ന് പറയുന്നത് സാധനയാണ് സത്സംഗം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് അറിയലാണ് ഇപ്പൊ സത്സംഗവും വേണം നാമസംഖ്യ ഇത് രണ്ടും ഭാരതീയ ഋഷീശ്വരന്മാര് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ശ്രവണവും വേണം കീർത്തനവും വേണം ശ്രവണത്തിലൂടെ കാര്യം മനസ്സിലാക്കണം കീർത്തനത്തിലൂടെ ആ കേട്ടതിനെ നമ്മൾ അനുഭവിക്കണം കീർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം അതൊക്കെ ശബ്ദങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണേ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ നാമം ചൊല്ലുക അർത്ഥം കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് പ്രീസ് എന്നാണ് അല്ലെ നിങ്ങൾ ഒരാള് കീർത്തിക്കരു പറഞ്ഞാൽ ഇയാൾ പ്രീസിംഗം ഇതുപോലെ നിങ്ങൾ ഏതൊരു ഭഗവാനെ കുറിച്ചാണോ കേട്ടിരിക്കുന്നത് ആ ഭഗവാന്റെ മഹിമ പ്രേസ് ചെയ്യണം എന്തിനാണ് പ്രേസ് ചെയ്യണത് എങ്കിലേ നിങ്ങളുടെ മനസ്സതിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കുള്ളൂ അല്ലാതെ വെറുതെ നാരായണ നാരായണ നാരായണ ജവിച്ചോണ്ട് കാര്യമില്ല ആ നാരായണം ജപിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ നാരായണം നിറഞ്ഞിരിക്കുന്നു ആ നാരായണനാണ് നിങ്ങളെ നിലനിർത്തുന്നത് നാരായണന്റെ മഹിമയും നാരായണന്റെ വൈഭവും നാരായണന്റെ ശക്തിയുമാണ് അതെടുത്തുകൊണ്ടാണ് ഈ മനസ്സും ശരീരവും തൽക്കാലം നിൽക്കുന്നത് അതായത് അച്ഛന്റെ പണം എടുത്തിട്ട് കുട്ടി അച്ഛനോട് പറയാണ് അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് മേടിച്ചതാണ് അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നെ അച്ഛന്റെ പണമെടുത്തിട്ടാണ് അപ്പൊ അച്ഛന്റെ മഹിമയാണ് അച്ഛന്റെ വൈഭവമാണ് അച്ഛന്റെ ശക്തിയാണ് കുട്ടി കാണിക്കുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ആ ഭഗവാന്റെ ശക്തി എടുത്തിട്ടാണ് ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ആ ഭഗവാന്റെ മഹിമ പോയിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ശക്തിയില്ല അല്ലെ ശുല്ലേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ അതിലേക്ക് ഉയർത്തുകയും വേണം അനുഭവിപ്പിക്കുകയും വേണം എന്നിട്ട് പറഞ്ഞു യം വേത്തി പുരുഷം പ്രകൃതി ചുണൈസഹത്തമാനോപി നൂയോ വിജായതേ നസ ഭൂയോ ജായതേ ന അവൻ ഒരിക്കലും അവ ഒരിക്കലും സ അവൻ ഒരിക്കലും അഭിജായതേ അവൻ ഒരിക്കലും വീണ്ടും ജനിക്കുകയില്ല ആരാ ജനിക്കാത്തത് പുരുഷം വേക്തി ആരെ അറിയണം ആരാണ് പുരുഷ എന്ന് പറയുന്നത് ഏത് ഭഗവാനാണ് പരമാത്മാവെന്നും പുരുഷനെന്നും അസ്മിൻ ദേഹേ എവിടെയാണ് ഈ ദേഹത്തിലിരിക്കുന്ന പുരുഷനെ ആര് വേത്തി അറിയുന്നുവോ പ്രകൃതി ച ഗുണയി സഹ ഗുണയെന്ന് പറഞ്ഞാൽ മനസ്സ് ഇപ്പൊ പ്രകൃതിയോടും പ്രകൃതിയോടും അതുപോലെ ഗുണങ്ങളോടും സഹിതം പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരീരം ഈ പ്രകൃതി ഗുണം ഇതിനൊക്കെ നിലനിർത്തുന്ന പുരുഷനെ ആരാണോ വേത്തി നല്ലവണ്ണം അറിഞ്ഞ് അതിലേക്ക് മനസ്സിനെ ഉയർത്തുന്നത് സർവതാവർത്തമാനോപി ഒരിക്കൽ നിങ്ങളതിലേക്ക് മനസ്സിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ ജീവിച്ചാലും ശരി അഭിജായതെ അവർ അവർക്കൊരുങ്ങനും വീണ്ടും ഇനി എങ്ങനെയുള്ള ജന്മം വേണ്ടി വരില്ല ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കാൻ വരേണ്ടി വരില്ല ഇനി ജനിച്ചാൽ തന്നെ അവരുടെ മനസ്സ് കൂടുതൽ ആരോടടുത്തിട്ടുണ്ടാവും ഭഗവാനോട് അടുത്തിട്ടുണ്ടാവും എന്നിട്ട് പറയാണ് പശ്യന്തി ചേജിതാത്മാനമാത്മന അന്യേച്ചേന ചാപരേ ധ്യാന ആത്മനി പശ്യത്തി എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് ധ്യാനത്തിലൂടെ വേണം ആരെ കാണാൻ ഭഗവാനെ കാണുമെന്ന് പറഞ്ഞാൽ അർത്ഥം ഭഗവാനെ അനുഭവിക്കാൻ വളരെ വളരെ അവശ്യമായ ഒരു ജീവിത സംസ്കാരമാണ് ധ്യാനം എന്നുള്ളത് നോക്കൂ അത് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ വിട്ടുപോയി ആളുകൾ വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതു പോവുകയാണ് അതുകൊണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല ഭഗവാനെ അതാണ് ഭഗവാൻ ഓരോ നിൻസിച്ചു ഞാൻ എവിടെയും വായിച്ചില്ല തൊഴുതാ കിട്ടും എന്നുള്ളത് തൊഴാനല്ല ഭഗവാൻ പറയണം ധ്യാനേനാത്മനി ധ്യാനത്തിലൂടെ ഭഗവാനെ അനുഭവിക്കണം പിന്നെ പറയണു സാങ്കേന സാങ്ക്യെന്ന് പറഞ്ഞാല് സത്സംഗത്തിലൂടെ പുരുഷ പ്രകൃതിക്ക് വേർതിരിച്ച് മനസ്സിലാക്കണം വെറുതെ ധ്യാനം ചെയ്തിട്ട് കാര്യമില്ല ധ്യാനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവ് വേണം പിന്നെ പറയാണ് കർമ്മയോഗേന എപ്പോഴും ധ്യാനിച്ചിരിക്കാൻ പറ്റുമോ അപ്പൊ എന്ത് വേണം കർമ്മയോഗം അപ്പൊ കർമ്മയോഗത്തിലൂടെ നമ്മള് ജീവിക്കുമ്പോ നമ്മുടെ ജീവിതം കർമ്മയോഗമായി എന്താ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വരുന്നതെല്ലാം ഭഗവാൻ തന്നിരിക്കുന്ന അവസരങ്ങളാണ് കിട്ടുന്നതെല്ലാം ഭഗവാന്റെ പ്രസാദമാണ് ഈ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ മനസ്സിനൊരു സമബുദ്ധി വരാൻ തുടങ്ങി ഈ സമബുദ്ധിയുള്ള മനസ്സിനെ എളുപ്പം ആരിലേക്ക് ഉയർത്താം ധ്യാനത്തിലുയർത്താം അപ്പൊ ഇന്ന് നമുക്ക് ധ്യാനത്തിലേക്ക് മനസ്സ് ഉയരാത്തതിന് കാരണം മനസ്സിന് സമബുദ്ധി വന്നിട്ടില്ല കഴിഞ്ഞു പോയതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചും മനസ്സിപ്പോഴും എക്സൈറ്റഡ് ആണ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചും മനസ്സിന് റിഗ്രറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമ്മളെ തളർത്തുന്നു പറയാണ് അതുകൊണ്ട് എന്നിട്ട് പറയുന്നു അപ്രകാരമുള്ള എന്നെ ആരാണോ ശരിക്കും മനസ്സിലാക്കുന്നത് അവൻ എവിടെയിരുന്നാലും എന്നെ അനുഭവിക്കുന്നതാണ് എന്നിട്ട് ഭഗവാൻ ഉപസമരിപ്പിക്കുകയാണ് പറയാണ് അനാദിത് മുപ്പത്തൊന്നാമത്തെ ശ്ലോകം അനാദിത്വാൽ നിർഗുണത്വാൽ പരമാത്മാ അവ ലിപ്യതേ അനാദിത്വാൽ അനാദി പറഞ്ഞാൽ ഈ ശരീരത്തിന് ആദിയുണ്ട് തുടക്കമുണ്ട് എന്നാൽ ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ യാതൊരു ആദിയില്ല നിർഗുണത്വാൽ പ്രത്യേകിച്ച് യാതൊരു രൂപവും ഇല്ല രൂപങ്ങൾക്കൊക്കെ പരമാത്മാ ഈ പരമാത്മാവ് നിർഗുണനാണ് ഗുണങ്ങൾക്ക് അതീതനാണ് സൂക്ഷ്മമാണ് ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങനെയുള്ള അയം അവ്യയനായിരിക്കും അവ്യെന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യമമില്ല ശരീരസ്ഥോപി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇരിക്കുമ്പോഴും ബോഡി ന ലിപ്യത ഭഗവാൻ വാസ്തവത്തിൽ ഒരു കർമ്മവും ചെയ്യുന്നില്ല ഒരു കർമ്മഫലവും ഭഗവാനെ ബാധിക്കുന്നില്ല വളരെ ശ്രദ്ധിക്കണേ ചെയ്യുന്നതും അനുഭവിക്കുന്നതുമൊക്കെ നമ്മുടെ സംസ്കാരങ്ങളടങ്ങിയ മനസ്സാണ് ആരല്ല ഭഗവാനല്ല ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല ഭഗവാൻ ഒന്നും അനുഭവിക്കുന്നുമില്ല അപ്പൊ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏതുവരെ വരുന്നുള്ളൂ അത് മനസ്സിന്റെ തലം വരുന്നുള്ളൂ അതുപോലെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോ നമ്മളതിന്റെ ക്രെഡിറ്റ് എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ റിഗ്രറ്റ് വരണോ ഇതൊക്കെ ഏത് തലത്തിൽ മാത്രമേ ഉള്ളൂ മനസ്സിന്റെ തലത്തിലേ ഉള്ളൂ മനസ്സിലാവുണ്ടോ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മുഴുവൻ ഇല്ല എന്നർത്ഥം നമ്മുടെ വ്യക്തിത്വത്തിന്റെ മനസ്സിന്റെ തലത്തിൽ മാത്രമാണ് ചെയ്യലും അനുഭവിക്കണം അപ്പൊ നിങ്ങൾ പറയണ ഞാനിത് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഏത് തലത്തിലാണ് മനസ്സിന്റെ തലത്തിലാണ് അതുപോലെ നിങ്ങൾ പറയണോ എനിക്ക് വലിയ ദുഃഖങ്ങൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നതും മനസ്സിന്റെ തലത്തിലാണ് വാസ്തവത്തിൽ ഇതൊന്നും ഭഗവാനെ സംബന്ധിച്ച് ബാധകമല്ലേ ബാധിക്കുന്നില്ല അത് അപ്പൊ നോക്കൂ നിങ്ങള് നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ചെറിയൊരു മനസ്സിന്റെ തലത്തിൽ മാത്രമാണ് അനുഭവിക്കുന്നത് നമ്മൾ അതിനപ്പുറത്തേക്ക് ബാധിക്കാത്ത പരിപൂർണമായ വിസ്തൃതമായ ഒരു ശക്തിയെ നമ്മളാരും അറിയുവരിക അപ്പൊ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ താഴ്ത്തിയിരിക്കുകയാണ് എന്ത് വേണം ഉയർത്തണം അപ്പൊ നമ്മുടെ ശ്രദ്ധ തിരിക്കും തോറും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ മനസ്സിൽ ട്ടും മനസ്സെന്ന് പറയുന്ന സ്ക്രീനിൽ ഈ അനുഭവങ്ങൾ വരും ഈ സ്ക്രീനിൽ നിന്നതൊക്കെ ഈവൻ ദിസ് വിൽ പാസ്വേ എന്ന് പറയും എല്ലാ അനുഭവങ്ങളും വരും എല്ലാ അനുഭവങ്ങളും വരും പക്ഷെ നമ്മൾ അതിന് തന്നെ അറ്റൻഷൻ കൊടുത്താലോ അതവിടുന്ന് പോവില്ല നിങ്ങളുടെ വീട്ടിലൊരു രണ്ട് മൂന്ന് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വേണ്ട അറ്റൻഡ് ചെയ്താൽ പറയും ഞങ്ങൾ ടിക്കറ്റ് എക്സ്റ്റന്റ് ചെയ്യാന്ന് അവര് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത് പിന്നെ നിങ്ങൾ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലാവും എന്ത് കാരണം നിങ്ങൾ ഇഡ്ഡലി സാമ്പാർ ദോശ പുട്ട് കടല നൂൽപെട്ട് പിടിയപ്പം പൊങ്കല് അവസാനം ക്രമേണ ക്രമേണ പൊങ്കല് കഴിഞ്ഞ് ഉപ്പുമാവിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെയല്ലേ ക്രമേണ ക്രമേണ ക്രമേണ സൽക്കാരത്തിന്റെ ശക്തി കുറയും തോറും അവർക്ക് ബുദ്ധി വരും ഇനി ഇവിടെ അധികം വെക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അവർ വളരെ സൽക്കരിച്ചു കഴിഞ്ഞാൽ അല്ലോ ഓവറായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ നമുക്കൊരു വിഷമം കാരണം പോയില്ലേ എന്നുള്ളത് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് സ്നേഹബന്ധം കൂടുതൽ നിൽക്കണം അധിക ദിവസം നിൽക്കരുത് നിങ്ങൾ മക്കളുടെ കൂടെ അധിക ദിവസം നിന്ന് നോക്കുക ഒരു വില ഉണ്ടാവില്ലേ നിങ്ങൾ നിങ്ങൾ നേരെ മറിച്ച് ആ ദിവസം മൂന്ന് ദിവസം ഒക്കെ പോയി വലിയ വി പോലെ പോകുന്നു അങ്ങനെയാകുമ്പോൾ നിങ്ങളെ അവർക്ക് അച്ഛനമ്മൊക്കെ പറഞ്ഞു ഹൈലി റെസ്പെക്ട് ഉണ്ടാവും അല്ലെങ്കി ഒരു അമ്മയോ അതെപ്പോ വേണമെങ്കിൽ വിളിച്ചാൽ ഒരു വിലയില്ലാത്ത സാധനം പോലെ ഉണ്ടാവും അത് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളെ വിലയില്ലാത്തതാക്കി തീർക്കുന്നത് നമ്മളങ്ങനെ അവൈലബിൾ ആവരുത് നമ്മളങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടു നമ്മൾ തന്നെ നമ്മുടെ വില മനസ്സിലാക്കാൻ തുടങ്ങും ഇപ്പൊ നമ്മൾ തന്നെ എല്ലാ വിടുത്തോളും താങ്ങിക്കോളൂ വയ്യ താങ്ങിയിരിക്കുകയാണ് വയ്യാതെ ഇരിക്കുകയാണ് അപ്പൊ മക്കളോടും പേരക്കുട്ടികളോടൊക്കെ പറയാണ് എന്നെ നല്ലവണ്ണം ഒന്ന് താങ്ങണം പിന്നെ ആർക്കാ നമ്മളെ വിലയുണ്ടാവുക മുത്തശ്ശിയോ യാത്ര സാധനം അതുകൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ടെൻഷൻ വരുന്നത് അയ്യോ ഇനിപ്പോ വല്ലതും സംഭവിക്കുമോ സംഭവിച്ചപ്പോ അവരുണ്ടാവും ഇപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങൾ തന്നെ വരും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നമ്മള് മനസ്സിന്റെ ദൗർബല്യത്തിന് ആ ദൗർബല്യത്തിന് എന്ന് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ശക്തി നടക്കണം എന്നല്ല പറയുന്നത് മനസ്സും ശരീരവും ഒരുമിച്ച് പോകണം ശരീരത്തിന് സുഖമില്ല എന്നാൽ പിടിച്ചോളൂ ഞാൻ ഇതാ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കണ്ടാവും നിങ്ങൾ അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ സമ്മതി ശരീരത്തിന് ചില ഡിപ്പെൻസിക പ്രായമായി കഴിഞ്ഞാൽ വേണ്ടി ഒരു കൈ പിടിക്കാനും കാല് പിടിക്കാനൊക്കെ വേണ്ടി ചിലപ്പോൾ ഒരു കാല് പൊങ്ങിയ മറ്റേകാല് പൊങ്ങില്ല മറ്റേകാല് പൊങ്ങിയ മറ്റേകാല് താഴില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആർക്കുണ്ടാവും കാലിനൊക്കെ ഉണ്ടാവും പക്ഷെ മനസ്സിന് അതൊന്നും ഉണ്ടാവരുത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു പ്രകൃതി സ്തോപി ലിപ്യത യഥാ സർവഗതം സൗക്ഷ്മ്യൽ ആകാശം നോപലപ്യതാവസ്ഥ താത്മാ ഉപലപ്യതേ ഭഗവാൻ നിങ്ങൾക്ക് ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു കമ്പാരിസൺ നടത്തണം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൊണ്ടുവരികയാണ് ഏതുപോലെയാണെന്നാണ് പറയുന്നത് സൗഷ്മ്യാൽ ആകാശം സൂക്ഷ്മമാണ് അതുപോലെ ആത്മാവും സൌഷ്മ്യാൽ ആകാശം ഏതായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് ആകാശം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത രൂപമില്ലാത്ത ആകാശം അതിൽ ചൂട് വരുന്നു തണുപ്പ് വരുന്നു മഴ വരുന്നു പക്ഷെ ആകാശത്തിൽ അതൊന്നും ഒന്നും പൊട്ടിപ്പിടിക്കുന്നില്ല ഉണ്ടോ ഇന്നലെ രാത്രി തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നീ പകലാകുമ്പോഴേക്കും ചൂടുവന്നു വീണ്ടും ഇത് മാറും പിന്നെ മഴ വരും ഇങ്ങനെ പലതും പലതും വരുമ്പോഴും ഇതൊന്നും ആകാശത്തിനെ ബാധിക്കുന്നുണ്ടോ ഇതുപോലെ നമ്മുടെ മനസ്സിൽ പല വികാരങ്ങൾ വന്നാലും അതൊന്നും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനെ ബാധിക്കും ഇത് ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാ ബാധിക്കുന്നില്ല എന്നതിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ബാധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണം അല്ലാതെ അതൊന്നും ബാധിക്കുന്നില്ല എന്നെ ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തർക്കമുള്ളത് മനസ്സിലായില്ലേ നമ്മൾ ബാധിക്കുന്നില്ല അത് പറഞ്ഞാൽ മാത്രം പോരാ ആ അനുഭവം വരുമ്പോ നമ്മൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ച് ഇതൊന്നും എനിക്ക് യാതൊരു ബാധകമല്ല മനസ്സിലാവുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ ഗീതയൊക്കെ നമുക്ക് കുറെയൊക്കെ ജീവിതത്തിൽ അനുഭവമായിട്ട് വരും അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ അത് അവിടെ ഉണ്ടാവും ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് ക്ഷേത്രക്ഷേത്രജ്ഞയോരേം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂത പ്രകൃതിമോക്ഷം ചേ വിതുദേ പരം ഭഗവാൻ പറയുന്നു ക്ഷേത്രക്ഷേത്രജ്ഞയോ അന്തരം എന്നാനചക്ഷുഷ വിധു എന്തുവേണം ക്ഷേത്രക്ഷേത്രജ്ഞന്റെ ഇതിന്റെയൊക്കെ അന്തരം ഇത് തമ്മിലുള്ള വ്യത്യാസവും അകൽച്ചയുമൊക്കെ ജ്ഞാനചക്ഷുഷ വിധു ഏത് കണ്ണുകൊണ്ടറിയണം കണ്ണുകൊണ്ടല്ല ദൈവത്തിനെ അപ്പൊ കാണേണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ ഏത് കണ്ണുകൊണ്ട് കാണണം എവിടെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഗീതയില് വിമൂഢാനി വശ്യന്തി ജ്ഞാനചക്ഷുഷ അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട കണ്ണുകൾ ജ്ഞാനത്തിന്റെ കണ്ണുകളാണ് ആരറിയുന്നോ ാന്തി അവർക്ക് പരമമായ ആ തത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഉയരാൻ സാധിക്കും കടക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ആ ശബ്ദത്തിനർത്ഥം അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകജ്ഞയോ അന്തരം ആരാണോ വിധു ഏത് എങ്ങനെ അറിയുന്നത് ജ്ഞാനരക്ഷ ഇതൊക്കെ മനസ്സിലാക്കി വെക്കിയ രസമാണ് ഗീത ഇതൊക്കെ നമ്മൾ പഠിക്കും തോറും നമുക്ക് മനസ്സിലാവും നമ്മൾ ഇനിയും എത്രയോ ഉയരാനുണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നമുക്ക് പറ്റാത്തതിന് കാരണം നമ്മളിപ്പോഴും പടി ഒന്നിലാണ് നിൽക്കുന്നത് ഇനി അടുത്ത പടികളിലേക്ക് നമ്മൾ ക്രമേണ ക്രമേണ കയറിയാൽ നമുക്ക് വളരെ വളരെ വളരെ ആത്മശക്തി വർദ്ധിപ്പിക്കാം മനസ്സിലായില്ലേ കുട്ടികൾ പറയാലേ ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന പോലെ നിനക്ക് പറയാം ഗീത ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി ഏത് ഗീത വീട്ടിലെ ഗീതയാ വരുത് കാവള തോളിത്തട്ടിട്ട് ഗീത ഈ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാകരുത് മനസ്സിലായി ഇങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്തു നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉന്നതിയിലേക്ക് ഉയർത്താം ക്ലിയർ അത ചതുർദോധ്യായ ഒരു ഉത്സാഹം അത ചതുർദോധ്യയാഭവാച പരം ഭൂയ പ്രവക്ഷ്യമുത്താനയേ പരാം സിദ്ധിമോ ഗ ുപാശ്രി മമ സാധമ്യമാഗത സർഗേ വിനോപജ്യത മമ യോനിമഹബ്രഹ്മാ തസ്ൻ ഗർം ദമ്യഹം സഭവ സൂൂത താരദോനിശു കൂന്ദേയ മൂർത്തയ സാ ബ്രഹ്മ മഹോനി അഹം ബീജപ്രദപ്പിത സജസ്തമൃതിസംഭ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേനവ്യയം തത്ര സ നിലുവാൽ പ്രകാശമനയുഖസാ ഗജോ രാഗാത്മകം വിദ്ധി തൃഷാസംഗസുദ്ഭവം സന്നിബന്തികൗന്ദേ കർമ്മസംഗേന ദേന കമസ്വജ്ഞാനജം വിദ്ധി മോഹനം സർവേന പ്രലവർ നിദ്രാഭീ അന്യദ്ധ സത്തും സുഖേ സഞ്ചയ ലോഭ പ്രവൃത്തിരംഭാമസ്പൃഹ രജസേതാ വിവൃദ്ധേ പരദർശവാ അപ്രകാശോ പ്രവൃത്തിശ प्रमादो പ്രമാദോ सत्वे തേജാൻ വിവൃത് കുരു നന്ദ സത് പ്രവൃദ്ധേ പ്രളയം യാതിദേഹമൃദ്ധ ോ അമല പ്രതിപ്യത രജസീ പ്രയ ഗസിഷു ജാത പ്രളീനത്തൂടയോ നിഷു ജാ കമ്മണസുഗത സഹോ സാത്വികു ഫലം ദുഃഖം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം യമസ ഫലം സത് സാ ജ്ഞാനം രജസോ ലോഭവ ോ തമസോ പവോ അജ്ഞാനമേ ഊർധം ഗസ് മധ്യേ തിഷന്തി രാജസവൃത്തിസ് അതോ ഗി താമസ ുണേഭ്യകർ യാശ്യതി ഗുണേഭ്യം വേത്തി മദ്ഭാവം സോധി ഗതി ഗുണാനേദീയ ദേഹീദേഹസമുഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈ വിമുക്തോ മൃതമസ്തു അർജുന ഉവാച കൈർക്കൈസ്ത്രീൻ ഗുണാനേന അതീതോ ഭതി പ്രഭോറതം ചൈത സ്ത്രീ ഗുണാനതി വർത്തീഭവാച പ്രകാശം ചവൃത്തിവ ച പാണ്ഡവ നഷ്ടി സമ്പ്രവൃത്ത നിവൃത്ത ഉദാസീനവസീനോ ഗുണരിയോ നല്യ ഗുണാവർത്തേ യോവതിഷ്ടേക്കുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാസ്മ കാഞ്ചന ി പ്രിധീരാൻത്മസംസ്തുതീ മാനയോ്യത്തുലോ മിത്രിപക്ഷ സർവരംഭപരിത്യാഗുതീത സ ഉച്ച മാം ചോവ്യചാരേണ ഭക്തിയോന സേവ സ ഗുണൻ സമദീത്തെ താൻ ബ്രഹ്മഭൂയാൽപത്തെ ബ്രഹ്മണോ പ്രതിഷ്ടഹം അമൃത ൈകാതിക ഓ തത്സദി ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യോസ്ജുനസംവാ യ വിഭാഗയോ ചതുർദശോധ്യ പതിനാലാം അധ്യായത്തിൽ ഭഗവാൻ കുറേ കൂടി നിങ്ങക്ക് മനസ്സിനെ മനസ്സിലാക്കി തരാ ഭഗവാൻ ഗോയിങ് ഡീപ്ലി ഇൻ ടു ദി സിസ്റ്റം ഓഫ് മൈൻഡ് വാട്ട് ഈസ് ദാറ്റ് മൈൻഡ് ഭഗവാൻ പറയുന്നു ഇതിനെ സാധാരണ പറയുക ഗുണത്രയ വിഭാഗയോഗം ഗുണത്രയം നമുക്ക് നോക്കാം പറയാണ് ൂയ പ്രവക്ഷ്യാമി ജാനാ ജ്ഞാനമുത്തമം യജ്ഞാമുനയേ പരാം സിദ്ധിമിതോ ഗാം പരം ഭൂയ പ്രവക്ഷ്യാമി ഭൂയ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിനക്ക് പ്രവക്ഷയാമി പറഞ്ഞു തരാം ജ്ഞാനാ ജ്ഞാനമുത്തമം മനസ്സിലാവില്ലേ ജ്ഞാനങ്ങളിൽ വെച്ച് ഉത്തമജ്ഞാനം യജ്ഞാത്വ എത് ഇതിനെ അറിഞ്ഞാൽ അറിഞ്ഞ മുനികളൊക്കെ പരാംസിദ്ധിം എന്ത് കൈവരിച്ചിട്ട് പരമമായ അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് അപ്പം ഭഗവാൻ പറയാണ് എന്താണ് സത് അഞ്ചാമത്തെ ശ്ലോകം സത്വം രജസ്തമ ഇതീ ഗുണപ്രകൃതി സംഭവ ി മഹാബാഹോഹിനയം ഈ ദേഹേ ദേഹത്തിൽ ദേഹി ഈ ചൈതന്യത്തെ ബന്ധിപ്പിക്കുന്നത് നിബന്ധന്തി നിശേചന ബന്ധിക്കുന്നത് ഗുണ ആരാണ് ഗുണങ്ങളാണ് ഏതൊക്കെ ഗുണങ്ങളാണ് വട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചു മൈൻഡ് ഈസ് കൺസിസ്റ്റ് ഓഫ് ത്രീ ഗുണസ് ഏതൊക്കെയാണ് സത്വം രജസ് തമസ് ഈ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഒരു മൂന്നിന്റെ ഒരു പ്രത്യേകത കാണും സൃഷ്ടി സ്ഥിതി ലയം ഉണ്ടല്ലോ ഭൂതം വർത്തമാനം ഉണ്ടല്ലോ ഏത് കാര്യത്തിലും ഒരു മൂന്ന് ഈവൻ പ്രകാശത്തിൽ പോലും ഉണ്ടല്ലോ സൂര്യന്റെ പ്രകാശത്തിൽ പ്രധാനമായിട്ട് മൂന്ന് കിരണങ്ങളെയല്ലോ വെളുപ്പും ചുകപ്പും കറുപ്പും ഇതിന്റെ മിക്ചറാണ് ബാക്കിയുള്ള വർണ്ണങ്ങൾ ഏഴ് വർണ്ണങ്ങളുണ്ടല്ലോ പറയുന്നതൊക്കെ പ്രധാനമായിട്ട് മൂന്ന് വർണ്ണങ്ങളേയല്ലോ നിങ്ങൾ ഈ പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കളം വരയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് കണ്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കളം വരയ്ക്കുക കോലടുന്ന പരിപാടിയല്ല കളം വരയ്ക്കുക ഈ പൗഡറൊക്കെ അപ്പൊ അതിൽ പ്രധാനമായിട്ട് മൂന്ന് കളറുകളിക്ക പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഗണപതി ഹോമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭഗവത് സേവയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെയൊക്കെ കണ്ടുണ്ടോ പത്മഡ കേട്ടുണ്ടോ ആ അതിൽ ഈ മൂന്ന് കളറുകൾ പ്രധാനമായിട്ട് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത് വേറെ കാര്യം പൊതുവെ വെളുത്തരിപ്പൊടി ഉപയോഗിക്കും കരിപ്പൊടി ഉപയോഗിക്കുക പിന്നെ ചുവപ്പിന് പകരം ആ കുങ്കുമത്തിൽ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത് ആ ഇങ്ങനെ ഈ കളറുകളൊക്കെ ഇത് ഇതൊക്കെ നമ്മുടെ ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ ആ ഋഷീശ്വരന്മാരെ ഗുണത്തിനെ ഗുണത്തിൽ കണ്ടത് കൊണ്ടായിരിക്കും അവർക്കത് മനസ്സിലായത് അതുകൊണ്ടാണ് ഇവിടെ മൂന്ന് തരത്തിലുള്ള ഉപാസനകൾ വന്നത് ഒന്ന് വൈഷ്ണവ സമ്പ്രദായം സാത്വിക ഗുണങ്ങൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെളുത്ത പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ തുളസിപ്പൂവ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ രജോ ഗുണമുള്ള അതാണ് ശാക്തീയ പൂജകൾ അതാണ് ദേവിക്ക് പൂജകളൊക്കെ ചെയ്യുന്നത് കളം എന്താ പറയുക ഗുരുതി ഒക്കെ കൊടുത്തിട്ട് പിന്നെയാണ് ശൈവസമ്പ്രദായ പൂജകൾ അത് അമോ ഗുണതരത്തിലുള്ള ഇപ്പോഴാണ് അതിനൊക്കെ സാത്വികത്വം വന്നത് പണ്ടുകാലത്ത് ശിവന് പൂജിക്കുമ്പോഴൊക്കെ ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ തിരി മദ്യമൊക്കെ ഉപയോഗിക്കും ശിവനൊരു ആവേശം വരണമെങ്കിൽ കാരണം നിങ്ങൾ കണ്ടിട്ട് ഈ പ്രത്യേകിച്ച് നിങ്ങൾ ലക്നോ അങ്ങനെയൊക്കെയുള്ള വാരാണസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശിവസമ്പ്രദായക്കാരെന്ന് പറയുന്നവര് ഭസ്മവും പൂച്ചി കുളിക്കുകയില്ല ഈ ഗഞ്ചിയൊക്കെ വലിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നത് കുറെ കൂട്ടുണ്ടല്ലോ അവരൊക്കെ ഈ അഘോര പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ ഈ ചാക്തേയന്മാരാണ് എന്നുവെച്ചാൽ അവരൊക്കെ ശിവന്റെ ഫോളോവേഴ്സാണ് ശിവഭൂതഗണങ്ങളൊക്കെ കേട്ടിട്ടില്ല അങ്ങനത്തെ ടൈപ്പുകളാണ് അതൊക്കെ തമോ ഗുണമുള്ളവർ വൈഷ്ണവന്മാര് സാത്വികം ദേവീ ശാക്തീയ പൂജകൾ ചുവന്ന പട്ടക്കുയർത്തി കെട്ടി ചുവന്ന സാധനങ്ങളൊക്കെ കെട്ടി കംപ്ലീറ്റ് ഗുരുതി രക്തം ചുവന്ന പൂക്കൾ ഇതും കൂടി ഒക്കെ കാണുമ്പോഴേക്കും സാധാരണ അതിൻ്റെ ഒന്നും ബാലൻസ് ഇല്ലാത്ത ആളുകളൊക്കെ അപ്പോഴേക്കും തുള്ളിയിട്ടുണ്ടാവും ഇതൊക്കെ കുടിക്കാണു അതാണ് ഈ ഇങ്ങനത്തെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ തുള്ളൽ കൊമരങ്ങളൊക്കെ വരുന്നത് ഹാ ഹാ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്നില്ലേ ആളുകൾക്കതൊക്കെ തോന്നുന്നു ഭയങ്കര ഭക്തി വാസ്തവത്തിൽ ഇതൊക്കെ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് വരികയാണ് ആ എക്സൈറ്റ്മെന്റിൽ അങ്ങനെ മനുഷ്യനെല്ലാം മറന്നുപോയ ഒരു പ്രത്യേക രീതിയിലുണ്ടല്ലോ മനുഷ്യന് ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കും അത് വാസ്തവത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതല്ല ഭക്തി എന്ന് പറയുന്നത് ഒരു സമയത്ത് വരുന്നതും പിന്നെ പോകുന്നതല്ല ഭക്തി ഒരു പെർമനന്റ് സാധനമാണ് ചിലർ പറയാൻ ദൈവം ഇങ്ങനെ അങ്ങനെ തുള്ളുന്ന സമയത്ത് എന്തൊരു ഭക്തിയാണ് അങ്ങനെ ദൈവം അങ്ങനെ കയറിയിരിക്കാണെന്ന് എന്താ ദൈവം ഇങ്ങനെ കയറിയിരിക്കുന്നത് ചില കോമരങ്ങളുടെ ഒക്കെ നല്ല രസമാണ് കോമരങ്ങൾ ഇങ്ങനെ തുള്ളുന്ന സമയത്ത് ആ മകൻ വരിക അപ്പൊ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും ഓ എന്ന് പറയുന്നു അമ്മ വീട്ടിൽ വന്നിട്ടാന്ന് വയ്ക്കും അവനോടെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് രാത്രിക്ക് എന്താ ഉണ്ടാക്കിയിരിക്കണതെന്ന് ഓരോന്ന് പറയുന്നു അതിനിടയില് തുള്ളലിന്യ പിന്നെ മകൻ കൊടുത്തുള്ള നീര് മാത്രമേ കഴിക്കല്ലോ കാരണം മകൻ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യും അതുകൂടി കഴിക്കുമ്പോഴേ സാക്ഷാത് ദൈവം പ്രവേശിച്ചു കാണാൻ അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലായി ഇതൊക്കെയാണ് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ സത്യസന്ധാന്മാരുണ്ട് കേട്ടോ കുറെ പേര് പക്ഷെ ഇതൊക്കെ ഒരു എന്താ അതിന് പറയാ സൈക്കോളജിക്കലി നോക്കുമ്പോ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണത് ആ എക്സൈറ്റ്മെന്റ് ഒരു ആവേശത്തിൽ വരും ഒരാവേശത്തിൽ പിന്നെ ദേവി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളു വടിയേ പിന്നെ അയാളെ ഉയർത്തിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ദേവി കയറുക ദേവി ഇറങ്ങാ അതെന്താ വെലിയേറ്റവും വേലി ഇറക്കുവോ ഹൈ ടൈഡും ലോവർ ടൈഡും അതൊക്കെ ഒരു മനുഷ്യന്റെ എക്സൈറ്റ്മെന്റ് ഏതായാലും മനസ്സെന്ന് പറയുന്നത് എന്താണ് സാധനം കൺസിസ്റ്റ് ഓഫ് സ്ത്രീ ഗുണ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സെന്ന് പറയുന്നതിൽ മൂന്ന് ക്വാളിറ്റി തോട്ട്സുകളുണ്ട് ഏതൊക്കെ ക്വാളിറ്റി സാത്വിക ഗുണങ്ങളുള്ള തോട്ട്സ് രാജസിക ക്വാളിറ്റി ഉള്ള ഉണ്ടല്ലോ നമ്മുടെ ഉള്ളില് ആലസ്യത്തിന്റെ ചിന്തകളില്ലേ അതേ ഉള്ളു ഭയങ്കര ദേഷ്യം കാമം ഇതൊക്കെ ഇല്ലേ ലോഭം ഇതൊക്കെ ഇല്ലേ അസൂയ വിദ്വേഷം ഇല്ല ആ എന്നാലും ഭയങ്കര മത്സരായിരുന്നില്ലേ ഞാൻ കാണുന്ന മൈക്ക് അങ്ങോട്ട് അറിയില്ല എന്തോ മനുഷ്യന്റെ തലക്കടിക്കാരുന്നു നിങ്ങൾ ഞാനിങ്ങനെ ആസ്വദിക്കുകയിരുന്നു രാജ് രജോ ഗുണം ഇങ്ങനെ കയറി വരുമ്പോഴേ നമ്മള് നമ്മളെ തന്നെ ഇങ്ങോട്ട് മറന്നുപോകും അങ്ങോട്ട് വലിക്കണോ അങ്ങോട്ട് വലിക്കണോ ഏ കണ്ടില്ലേ ആ ഇതാണ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാന്ന് അറിയില്ല തൂ കയറിയാനുള്ള ശക്തി ഒക്കെ ഇങ്ങോട്ട് വരും രജോ പിന്നെ മൂന്നാമത്തത് നല്ലതാട്ടോ ഈ രജോ ഗുണം ഒരു കണക്കിന് നല്ലതാണ് എന്തെന്ന് വെച്ചാല് അറ്റ്ലീസ്റ്റ് തമോ ഗുണത്തിൽ നിന്ന് അവർ ഉയർന്നുവല്ലോ ഏറ്റവും വലിയ അപകടം പെടുത്ത സാധനമാണ് ഏത് തമോ ഗുണം ഈ രജോ ഗുണത്തിലേക്ക് ഒരു പടി ഉയർന്നാൽ പിന്നെ അതിനെ നേരെയേക്ക് എടുക്കാം പക്ഷെ തമോ നിന്ന് അങ്ങോട്ട് പുറത്തു വരണമെങ്കിൽ വേണം ഈ നമ്മുടെ വേദങ്ങളിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ വേദങ്ങളിലൊക്കെ ആദ്യം പറഞ്ഞിരിക്കുന്ന യാഗങ്ങളൊക്കെയാ യാഗങ്ങളൊക്കെ എന്തിനാ പറഞ്ഞുവെച്ചാൽ ഈ തമോ ഗുണ സംസ്കാരമുള്ളവനെ ഒന്നും കൂടി ഈ യാഗം ചെയ്താൽ നിനക്കത് കിട്ടും നിനക്കൊരു പെണ്ണ് വേണമെന്നുണ്ടോ ഈ യാഗം ചെയ്തു അപ്പൊ ഇവന് പെണ്ണ് എന്നുള്ളൊരു മോഹത്തിൽ ഇവരെ ഒരു യാഗം ചെയ്യും അറ്റ്ലീസ്റ്റ് യാഗ ദിവസങ്ങൾക്ക് വേണ്ടി അവൻ ഓടി അവന്റെ അവൻ അറിയാതെ അവന്റെ ഉള്ളിൽ നിന്നും ആലസ്യം പോയി കിട്ടും നിനക്ക് ഈ സ്ത്രീ എന്താണ് സമ്പത്ത് വേണമെന്നുണ്ടോ അന്നൊക്കെ സമ്പത്ത് വേണം പശുക്കളാണ് നീ യാഗം ചെയ്യൂ അപ്പൊ വേണ്ടി സമൃദ്ധിക്ക് ഭാര്യയെ കിട്ടാൻ കുട്ടിയെ കിട്ടാൻ അന്നാ കാലങ്ങളിലൊക്കെ യാഗങ്ങൾ അനവധി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ മനുഷ്യ മനസ്സിനെ അവൻ അറിയില്ല തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണമാക്കാൻ ഇത് അവനറിയാതെ ശർക്കര കൊടുത്ത് കഷായം കൊടുക്കുന്ന പോലെയാണ് അമ്മ ശർക്കര കൊടുക്കുന്ന സമയത്ത് വാസത്തിൽ ശർക്കരയല്ല കൊടുക്കുന്നത് ഏ കഷായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മധുരം കൊടുത്തിട്ട് കുട്ടി ഇന്നിപ്പോന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം കുട്ടികൾക്ക് കഷായം എന്ന് പറഞ്ഞാൽ അറിയാത്ത കാലമാണ് അപ്പോ ടോണിക്കുകളും കാര്യങ്ങളൊക്കെ ഈ മാറിയില്ലേ അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് ടോണിക്കിലും മധുരം ഉണ്ട് അല്ലെങ്കിൽ ആരാ കഴിക്കുന്നത് വാസത്തിലീ മധുരങ്ങളൊക്കെ ചേർക്കാൻ കാരണം മനുഷ്യന്റെ നാവിന് വേണ്ടിട്ടാ വാസ്തത്തില് ഈ കെമിക്കൽസിലൊന്നും ഒരു മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അത് അതുപോലെ കഴിച്ചു കഴിഞ്ഞാലോ അത് അതുപോലെ കഴിച്ചാൽ വേറെ കുഴപ്പമുണ്ട് പിന്നെ അവൻ വേറെ വല്ലതും കഴിക്കാൻ പോകും കാരണം ഇതിലൊക്കെ ഇത്തിരി ആൽക്കഹോൾ ഉള്ളത് അവൻ ആ ടേസ്റ്റ് തോന്നും പിന്നെ അവനതും അതും തമ്മിൽ വ്യത്യാസം തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാനാണ് ഇത്തിരി മധുരമൊക്കെ ഇട്ടു കൊടുത്താൽ മരുന്നിൽ തന്നെ നിന്നുകൊള്ളുമല്ലോ അവന്റെ മനസ്സ് അതൊക്കെ ചില ചിന്തകൾ ഉണ്ടായിരിക്കാം ഏതായാലും നിൽക്കട്ടെ ചിന്തിക്കൂ അപ്പം വേദത്തിൽ ആദ്യം ഈ കർമ്മങ്ങളെ പറയാൻ കാരണം രജോഗുണം ഉണർത്താൻ അത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ അടുത്തത് ഉപാസനാകാന്ഡങ്ങളാണ് ആ ദേവിയെ സ്ത്രോത്രം ചെയ്യൂ ഈ വിഷ്ണുവിന്റെ സ്ത്രോത്തം ചെയ്യൂ ശിവന്റെ സ്ത്രോതം ചെയ്യൂ ശ്രീരുദ്രം ചൊല്ലു അങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ അവന്റെ രജോഗുണമുള്ള മനസ്സ് സത്വഗുണത് സത്വഗുണം വന്നു കഴിഞ്ഞാൽ അവസാനം വരുന്നത് വേദാന്തത്തിന്റെ ധ്യാനമാണ് അതുകൊണ്ട് ഉപനിഷത്തുക്കളൊക്കെ വേദങ്ങളുടെ അവസാന ഭാഗത്തിൽ അവച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ വിളിക്കുന്ന വേദാന്തം എന്നാണ് വേദാന്തം എന്നുള്ളൊരു ശബ്ദത്തിനർത്ഥം വേദങ്ങളുടെ അവസാനം വരുന്നത് എന്ന് വേറൊരർത്ഥമുണ്ട് അറിവിന്റെ അവസാനമായ അറിവ് ഒരു അർത്ഥമുണ്ട് എന്നാലും നമ്മൾ ഈ വേദഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉപനിഷത്തുക്കളൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവസാനമാണ് എന്തിനാണ് അവസാനം വെച്ചിരിക്കുന്നത് കാരണം മനസ്സ് സാത്വിക ഗുണമായാലേ ധ്യാനത്തിന് അനുയോജ്യമായി തീരുള്ളൂ അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് തമോ ഗുണമുണ്ട് രജോ ഗുണമുണ്ട് സത്വഗുണമല്ലേ നന്മയുണ്ട് സ്നേഹമുണ്ട് ദയമുണ്ട് വാത്സല്യമുണ്ട് ഒക്കെ നമ്മുടെ മനസ്സിൽ എല്ലാം എവിടെ തന്നെയുണ്ട് എവറിത്തിങ് കൺ ഇതൊരു കണ്ടെയ്നറാണ് നമ്മുടെ സാധനം മനസ്സെന്ന് പറയുന്നത് അതിൽ നല്ലതുകൊണ്ട് സർദാർജി പറഞ്ഞതുപോലെ സർദാർജി ഒരിക്കലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഫ്ലാസ്ക് ചായ അദ്ദേഹത്തിനോട് ചേ ഫ്ലാസ്കൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഉപയോഗം എന്ന് വെച്ചു ഇഫ് യു പുട്ട് എ കോൾഡ് ഐറ്റംസ് കോൾഡ് സർദാജി പോകുക പിന്നെ അദ്ദേഹം പറഞ്ഞു അത് മാത്രല്ല ഇഫ് യു പുഡ് ഹോട്ട് ഇറ്റ് റിമൈൻ സർദാർജി വളരെ സന്തോഷമായി സർദാർജി എന്നാൽ അത് മേടിച്ച് വീട്ടിലെത്തി പറഞ്ഞോ ഭാര്യയോട് പറഞ്ഞോ മക്കൾ രണ്ടുപേരും സ്കൂളിലാണ് ഒരു കാര്യം ചെയ്യു ചെറുതിന് ഐസ്ക്രീം ആദ്യത്തിള്ളൂ മൂത്തവന് നല്ല ബൂസ്റ്റ് നല്ല ചൂടുള്ളതോ ഒഴിച്ചോളൂ എന്ന് കാരണം ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നീ ജേഷൻ എടുത്തതിന് ശേഷം എടുത്താൽ മതി കാരണം തണുപ്പത് എന്താണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇനി പറയാണ് സത്വം സോറി തത്ര സത്വം നിർമ്മല പ്രകാശകനാമയം സുഖസങ്കേന ബത്നദി സത്വം നിർമ്മലത്വം സത്വഗുണം കൂടുന്തോറും മനസ്സ് നിർമ്മലമാണ് നിർമ്മലം എന്ന് പറഞ്ഞാൽ നിർമ്മലം എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് നടത്താം മൈൻഡ് ഇസ് റിലാക്സ്ഡ് സത്വഗുണം കൂടുന്തോറും അവര് റിലാക്സഡ് ആണ് അപ്പൊ രജോ ഗുണം കൂടുന്തോറും മനസ്സ് ടെൻസഡ് ആണ് അപ്പൊ സത്വഗുണമുള്ളവർക്ക് വളരെ റിലാക്സേഷൻ ഉണ്ടാവും റിലാക്സേഷൻ കൂടുന്തോറും ജ്ഞാന സംഘം അവരുടെ ഉള്ളിലേക്ക് എന്ത് കയറും ജ്ഞാനം പ്രവേശിക്കാൻ തുടങ്ങും ഈ ടെൻഷൻ ഉള്ളവർക്കാണ് ഒരു കാര്യം ഓർത്ത് വയ്ക്കാൻ പറ്റാത്തത് നമ്മൾ കുറെ റിലാക്സേഷൻ ചെയ്യുന്നവരുണ്ടല്ലോ നമുക്ക് വേഗം ഓരോ കാര്യങ്ങളും ഓർത്തു വെക്കാൻ പറ്റും ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഒരു കാര്യം റിലാക്സ് ആയിട്ട് ചെയ്യുന്നതും ടെൻഷനിൽ ചെയ്യണമെന്ന് നോക്കൂ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് ചെയ്യുമ്പോൾ നീക്കോർമ്മ ഉണ്ടാവും എന്തെവിടെയാണ് വെച്ചത് എന്നുള്ളത് നിങ്ങൾ വളരെ ടെൻഷനോടുകൂടി ചെയ്യുമ്പോഴോ നിങ്ങൾ വീട്ടിലേക്ക് വേഗം കൊണ്ട് കയറിച്ച് എന്തോ അവിടെ വെക്കണോ അതോടെ വയ്ക്കണോ കഴിഞ്ഞു അപ്പോഴേക്കൊരു ഫോൺ അറ്റൻഡ് ചെയ്യണോ അതിൻ്റെ ഇടയ്ക്ക് പോകുന്നു ഇവിടെ പോണു കുറച്ചു ആദ്യം മുതൽ തപ്പം തുടങ്ങി ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നെ കുറിച്ച് നിങ്ങൾ ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ തരത്തിൽ ഭഗവാൻ പറയാണ് സത്വം നിർമ്മലത്വ സുഖസങ്കേന പത്നാദി പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് എന്താ പറയുന്നത് ഈ മനസ്സിനെ നമ്മള് ആരിലേക്ക് ഉയർത്തിക്കോണം ഭഗവാനിന് സുഖം മനസ്സിന്റേതല്ല സുഖം ഗവൽപ്രകാശത്തിൻ്റെതാണ് ഭഗവാനുള്ളത് കൊണ്ടാണ് മനസ്സിന് സുഖം അനുഭവിക്കാൻ അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ സമർപ്പിച്ചുകൊള്ളണം അത് ഭഗവാനിലേക്ക് സമർപ്പിച്ച് അടുപ്പിച്ചുകൊള്ളണം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ ഈ സുഖം നിറഞ്ഞിരിക്കുന്ന മനസ്സ് വീണ്ടും നമ്മളെ രജോ പ്രേരിപ്പിക്കും രാമകൃഷ്ണ പരമസ്വരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില ആളുകളുണ്ടല്ലോ വളരെ സാത്വികമായിട്ട് ജീവിക്കും എന്ന് വെച്ചാൽ ആരും ഉപദ്രവിക്കില്ല നല്ല രീതിയിൽ ജീവിക്കും രാവിലെ നാമന്നു ജെയില്ലെങ്കിൽ രാവിലെ മോർണിംഗ് വാക്കിന് പോകും കുറെ ആൾക്കാരെ അങ്ങനെ കാണാം സ്പിരിച്വൽ അവര് വളരെ റിലാക്സഡ് ആയിട്ട് ആൾക്കാർ പക്ഷെ അവർക്കുള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അവരുടെ ആ സുഖത്തിന് വല്ല ഡിസ്റ്റർബൻസ് വന്നാൽ അവര് വളരെ അഡിറ്റേറ്റഡ് ആവും ആരും അവരുടെ സുഖത്തെ ഡിസ്റ്റേബ് കാരണം അവർക്കത് അങ്ങനെ നിലനിർത്തി ജീവിക്കാൻ വളരെ ഇഷ്ടമാണ് ഡോണ്ട് ഇന്റർഫിയർ വിത്ത് മൈ മാറ്റർ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല നേരെ അതേ മനസ്സിനെ ആരാണോ ഈശ്വരനിലേക്ക് അവർക്ക് സമബുദ്ധി വരും അവരെ ഒരാളെ ഡിസ്റ്റേർബ് ചെയ്താലും അതും അവര് ഭഗവത് പ്രസാദമായി സ്വീകരിക്കാനുള്ള കഴിവ് അല്ലാത്തവർക്ക് അത് വരില്ല കണ്ടുണ്ടോ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കുറെ ആളുകളെ നിങ്ങൾക്ക് കാണാം വളരെ സാത്വികമായിട്ട് ജീവിക്കും അവരുടെ ആ ഒരു ജീവിതത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുന്നവരാണ് ആരും അതിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർ അവർ ചിട്ടയോടുകൂടി ജീവിച്ച് ശീലിക്കുന്ന ആളുകൾക്ക് ആ ചിട്ട തെറ്റിയാറുണ്ടല്ലോ വലിയ പ്രശ്നമാണത് നേരെ നമ്മൾ ഇത്തിരി ആധ്യാത്മികമായി ഉയർന്നു കഴിഞ്ഞാൽ കാലദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് രണ്ടു ദിവസം കുളിക്കാൻ പറ്റിയില്ല ട്രോൺ വരെ അതൊന്നും എൻ്റെ മനസ്സിനെ ഭഗവാനിൽ നിന്നും അകറ്റിയില്ല നിങ്ങൾ അതിൽ ഡിസ്റ്റേബ്ഡ് ആവില്ല ഇതൊക്കെ നമുക്ക് കാണാം പഴയ ആളുകളെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള പഴയ കാരണവന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ കാണാം അവരിങ്ങനെ ചിട്ട ചെയ്ത് ജീവിച്ച് ജീവിച്ച് ജീവിച്ച് ജീവിച്ച് ജീവിച്ച് വല്ല കോൾഡൊക്കെ വന്നാൽ കുളിക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് ആരും കാണാതെ അവർ പോയി കുളിച്ചു കാരണം അവർക്കത് പാടിപ്പുക ശീലിച്ചു പോയി അവർക്കൊന്ന് മാറാൻ പറ്റില്ല ഇനി മരിച്ചാലും കുഴപ്പമില്ല ചിട്ട വിടില്ല കാരണം അതിലൊരു സുഖം ചോറിമാതി സുഖം പറയുന്ന പോലെ ആ ചിട്ടയിലൊരു സുഖം അവര് കണ്ടെത്തി അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാം അവർ ആ ചിട്ടകൾ വിടില്ലാ പറയാം ഏതായാലും ഭഗവാൻ പറയുന്നു ഇങ്ങനെ നമ്മളെ സത്ത് കൊടം പഠിക്കും രജോ രാഗാത്മകം വിദ്ധി േനേഹിനം വട്ട് ഇസ് രജോ ഗുണം രാഗാത്മകം അത് രാഗമാണ് രാഗം മീൻസ് ഇറ്റ്സ് അൻ അട്രാക്ഷൻ ടു ദി വേൾഡ് തൃഷ്ണാസങ്കുലം അത് നമുക്കൊരുപാട് തൃഷ്ണകള് അതായത് രജോഗുണം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമുക്ക് തോന്നും ഇനിയും പലതും കിട്ടിയിട്ട് വേണം സന്തോഷവും സംതൃപ്തി അടയാൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ സന്തോഷമില്ലെന്നും സുഖമില്ലെന്നും തൃപ്തിയില്ലെന്നും ഈ രജോ ഗുണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും എന്നിട്ട് ഈ വസ്തുവിന് ഈ വ്യക്തിക്ക് എനിക്ക് സുഖം തരാൻ സാധിക്കുമെന്നുള്ളൊരു എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ അത് ഉറപ്പിക്കും ഇതാണ് ആര് രജോ ഗുണം അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണത്തിന് മൂന്ന് സ്വഭാവങ്ങളുണ്ട് ഒന്നത് ഉള്ളിലുള്ള സുഖത്തെ മറച്ചു കളി മറ്റൊന്നിൽ സുഖമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കും മൂന്നാമത് നമ്മുടെ മനസ്സിനെ അതിലേക്ക് ആകർഷിപ്പിക്കും ഇങ്ങനെ നമ്മളെ ഈശ്വരിൽ നിന്നും അകറ്റാൻ ആർക്ക് നിദ്രാബി തന്നിപത്നാദി ഭാരത മനസ്സിന് വേണമെങ്കിൽ ആത്മാവിലും ലയിക്കാം ശരീരത്തിലും ലയിക്കാം ഈ ശരീരത്തിൽ അങ്ങോട്ട് മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ അപ്പോ തമോ ഗുണം നമ്മളെ പിടികൂടും ഈ ശരീരത്തിന്റെ ക്ഷീണം ശരീരത്തിന്റെ എന്താണ് അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും അങ്ങനെയാണ് ആലസ്യം പ്രമാദം ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത് ഈ സത്വഗുണവും തമോ ഗുണവും തമ്മിൽ വളരെ അടുപ്പമുണ്ട് സത്വഗുണം അതും സുഖം തരും തമോ ഗുണം അത് നിങ്ങൾക്ക് നേരത്തെ എണീക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് തമോ സമ്മതിക്കില്ല കാരണം നല്ല തണുപ്പ് കുറച്ചു കയറി കൂടി കടന്നു എന്തൊരു സുഖം ഈ ശരീരത്തിലൂടെ സുഖം ഈ മനസ്സനുഭവിക്കുമ്പോൾ ആ സുഖത്തിന്റെ പേരാണ് ആലസ്യസുഖം അനുഭവിക്കുമ്പോ ഉള്ള പേരാണ് തമോ ഗുണം അതിൽ പ്രമാദം ആലസ്യ നിദ്രീ തമോ ഗുണം നമ്മുടെ ഉള്ളിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കും ഭയവും ദുഃഖവും തമോ ഗുണ ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തോടുള്ള അമിതമായ അടുപ്പം കാരണം ഈ ശരീരത്തിന് വല്ലതും സംഭവിക്കുമോ എന്നുള്ള ഭയവും സംഭവിച്ചാൽ ദുഃഖവും ആർക്കുണ്ടാവും തമോ ഗുണമുള്ളവർക്ക് മനസ്സിലാവുണ്ടോ പ്ലസ് കൂടുതൽ ഭയവും ദുഃഖവും നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ തമോ ഗുണത്തിൽ നിന്നും മുക്തര കാരണം എന്തുകൊണ്ടാണ് ഭയം വരുന്നത് ഈ ശരീര ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ അടുപ്പം കാരണം ഈ ശരീര അതിൽ ഉറച്ചു പിടിച്ചിരിക്കുകയാണ് ഉറച്ചു പിടിച്ചിരിക്കുന്ന സാധനത്തിന് വല്ലത് സംഭവിച്ചാൽ പിന്നെ അതിന് വിട്ടുപോകാനുള്ള ഭയം അപ്പൊ അതിന് ഭയം വന്നു ഇതിനുവല്ല വിഷമങ്ങളും സംഭവിച്ചാൽ സുഖം അനുഭവിക്കാൻ പറ്റില്ല അപ്പോ ദുഃഖം വന്നു മനസ്സിലാവുണ്ടല്ലോ അപ്പൊ തമോ ഗുണം സുഖദുഃഖങ്ങൾ വർദ്ധിപ്പിക്കും രജോ വസ്തുക്കളിലേക്ക് ആകർഷിപ്പിച്ച് നമ്മളെ അതിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിപ്പിക്കും സത്വ ഗുണം നമ്മളെ നല്ലവനാക്കുമെങ്കിലും കാര്യമൊക്കെ നല്ലതാണ് സത്വ അത് ഭഗവാനിൽ അർപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളിൽ മറ്റൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്താണത് ആരും നമ്മുടെ സുഖത്തിനെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് നമ്മളെ എന്താണ് ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ അതുകൊണ്ട് അർജുന സത്വം സഞ്ജയതി രജകർമ്മി ഭാരതം ജ്ഞാനമാവൃത്യതുദമാ പ്രമാദേ സഞ്ചയത്യുതാം സത്വഗുണം എന്ന് പറയുന്നത് സാധാരണ സത്വ ഗുണം എന്ന് പറയുന്നത് തന്റെ സുഖത്തെ ആരും ഡിസ്റ്റേബ് ചെയ്യാൻ പേ അതാണ് സത്വഗുണം രജോ ഗുണം എന്ന് പറയുന്നത് തനിക്ക് ഏതിനോടൊക്കെ ഇഷ്ടമുണ്ടോ തനിക്ക് ആരോടൊക്കെ പ്രിയമുണ്ടോ അവരൊക്കെ തന്റെ നിയന്ത്രണത്തിന് നിക്കണം തനിക്ക് സുഖം തന്നുകൊണ്ടിരിക്കണം എന്നൊരു പിടിച്ചു വെക്കാനുള്ള വാഞ്ച അല്ലെങ്കിൽ ഡിസയർ രജോ ഗുണത്തിനുണ്ടാവും തമോ ഗുണമാണെങ്കിലോ ജ്ഞാനമാവൃത്യ നമ്മുടെ അറിവിനെ മടച്ചു വെച്ചിട്ട് നമ്മളെ ഏതിൽ പിടിച്ചു നിർത്തും ഈ ശരീരത്തിൽ പിടിച്ചു നിർത്തി ഇതിൽ തന്നെ ഒട്ടിപ്പിച്ച് ഇതിന്റെ സുഖ ദുഃഖങ്ങൾ നമ്മളെ അനുഭവിപ്പിക്കും അതുകൊണ്ട് ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ഗുണങ്ങളുണ്ടല്ലോ ഇതെങ്ങനെയാണ് നമ്മളെ ഭാവിയിൽ ബാധിക്കുക പതിനാലാമത്തെ ശ്ലോകത്തിൽ പുനർജന്മങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചില ചോദ്യങ്ങളില്ലേ യഥാസത്തെ പ്രളയം വ്യാതിദേഹബ്രത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്ധ്യത ഏതൊരു വ്യക്തിയുടെ ഉള്ളിലാണോ സത്വേ പ്രവൃത്തി സത്വഗുണം കൂടുതലിരിക്കുന്നത് അങ്ങനെയായ പ്രളയം ഈ ശരീരം വിട്ടുപോയാൽ ദേഹബ്രത് ശരീരം വിട്ടുപോയാൽ തത് ഉത്തമവിധാം ലോകാൻ അമലാൻ പ്രതിപദ്ധ്യത അവരെവിടെ പോവും ഉത്തമ ലോകങ്ങളിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവർക്ക് ഉത്തമ ജന്മങ്ങൾ വേഗം കിട്ടും എന്ന് പറയുന്നത് നല്ല സംസ്കാരമുള്ള ആളുകളുടെയൊക്കെ വീട്ടിൽ അവർക്ക് ജനിക്കാൻ പറ്റും ആർക്ക് ആർക്കാണോ അവർക്ക് വേഗം ജന്മം കിട്ടും ഈ സത്വഗുണം കൂടുതോറും കാരണം മനസ്സ് വേഗം ഉണരാൻ തുടങ്ങും അവരെ ചിട്ടയോടുകൂടി ജീവിക്കുന്നവരാണ് അവർക്ക് വേഗം ജന്മം കിട്ടും ആർക്ക് സത്വഗുണമുള്ളവർക്ക് എന്നാൽ രജസി പ്രളയം ഗർമ്മസംഖിഷു രജസി പ്രളയം ഗജോഗുണത്തോടുകൂടി ഇനിയും പലതും അനുഭവിക്കണം ഇനിയും പലതും നേടണം ഇനിയും പലതും അങ്ങനെയൊക്കെ അതായത് സുഖവും സന്തോഷവും അതുപോലെ സുരക്ഷിതത്വമൊക്കെ വസ്തുവിലും വ്യക്തികളിലാണെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്ക് കർമ്മസഞ്ചിഷു ജായതെ ഇനിയും പലതും ചെയ്തു കൂട്ടാനായി അനുഭവിച്ചതൊക്കെ അനുഭവിക്കാനായി വീണ്ടും ഇവിടെ ജനിച്ചുകൂടണം എന്ന് പറയുന്നത് അവരുടെ മനസ്സ് ഇനിയും പലതും ചെയ്യണം ഇനിയും പലതും അനുഭവിക്കണം ഈ മനസ്സ് ഇങ്ങനെ അടങ്ങിയിരിക്കില്ലത് അങ്ങനെ മനസ്സവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അടങ്ങിയിരിക്കില്ലേ ചാവാ നേരത്തെ പോലും മരിക്കാൻ നേരത്തെ പോലും ചോദിക്കും എന്താണ് മരിക്കാണ്ടിരിക്കാൻ എന്താ വഴിയുന്നത് ഡോക്ടർ പറയുന്നത് ഇനിയിപ്പൊ രക്ഷയില്ല എല്ലാ ഹോസ്പിറ്റലിലും വന്നു ഇനി നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ അവസാന ഒരു ചോദ്യം കൂടി ഇന്ന് എന്താ ചോദ്യം ഇനി വേറെ വല്ല ഹോസ്പിറ്റലും ഉണ്ടോന്ന് കാരണം മോഹം വീറിഞ്ഞില്ല തൊണ്ണൂറ്റി അമ്പത് വയസ്സായാലും ആളുകളെ കണ്ടിട്ടില്ലേ വീൽ നടക്കാൻ വയ്യ എന്നാലും ടിവിയുടെ മുന്നിൽ കൊണ്ടുവച്ചാലേ അവർ കൂടെ ഇറങ്ങൂ ഗുളിക ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും കണ്ടിട്ടും കേട്ടിട്ടും അതേട്ടില്ല ഇനി എന്തോ കേൾക്കാണ്ട് ഇനി എന്തോ കേൾക്കാറുണ്ട് സീരിയൽ ഇടറാ മോനെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിലേ അനുഭവിച്ച സീരിയൽ ഒന്നും പോരായിരിക്കണം അവർക്ക് എത്ര സീരിയല് കണ്ടു എത്ര സീരിയൽ അനുഭവിച്ചു അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ നിൽക്ക് കാണാം ഞാൻ ലിറ്ററലി എനിക്കൊരനുഭവം ഒരു സ്ഥലത്ത് ചെന്നപ്പോണ്ടല്ലോ ആ സ്ഥലത്തിന്റെ പേര് പറയാൻ പാടില്ല കാരണം നിങ്ങളുടെ നിങ്ങൾ അവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ട് ബുദ്ധിമുട്ടല്ലേ ഒരു കുട്ടി പറഞ്ഞാൽ വേറെ കുട്ടി പറഞ്ഞാൽ ഈ മുത്തശ്ശിയെ ടി മുന്നിൽ നിന്ന് വല്ല മന്ത്രം ഉണ്ടോ സത്യം ഞാൻ അത്ഭുതപ്പെട്ടു ഈ മുത്തശ്ശിയെ ടിവിയുടെ മുന്നിൽ നിന്ന് ഒഴിവാക്കാൻ വല്ല മന്ത്രവും ഉണ്ടോന്നു കാരണം അവനെന്താച്ച കാർട്ടൂൺ കാണാൻ പറ്റുന്നില്ല അതാണ് അവന്റെ പ്രശ്നം ഇവരാണെങ്കിൽ സ്വപ്ന സാഹാരത്തിൽ എന്താ ഏത് പുത്രിയാണ് ഓ അങ്ങനെന്തോര് പുത്രിയുണ്ടല്ലോ എത്ര വേഗം നിങ്ങൾ ഉത്തരം പറഞ്ഞു ഗീതയിലൊരു ശ്ലോകം പറയാൻ പറഞ്ഞ ഒരു പക്ഷെ അത്ര വേഗം കിട്ടിയെന്ന് വരില്ല നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഉത്തരം നമ്മുടെ മനസ്സിൽ എത്ര ഓർമ്മ ശക്തിയെന്ന് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല അപ്പോ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടതും കണ്ടതൊന്നും മതിയറ്റില്ല ഇനിയും അനുഭവിക്കണം ഇനിയും അനുഭവിക്കണം ഇനി എന്തോ ഒരു പെണ്ണും കൂടി കെട്ടിയാൽ നേരെയാവും തോന്നണോന്ന് മൂന്നനം കെട്ടിട്ട് പോരാത്തത് അതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിത സത്യങ്ങള് അപ്പൊ അതുകൊണ്ടൊക്കെ മനസ്സിലാക്കൂ ഈ രജോ നമ്മളെ ഇന്ന് ഈ രീതിയിലൊക്കെ ആയിത്തീർന്നതിന്റെ പിന്നിൽ ആരാണ് രജോ ഇനി തമോ ഗുണമാണെങ്കിലോ അത് കുറെ കൂടി ശക്തിയാണ് കഥാ പ്രലീന തമസി ഷു ജായതേ എവിടെയാണ് മൂടയോനിഷു മൂടയോനിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജന്മന ജന്മം തന്നെ എന്തിനാന്നറിയാതെ കൊറേ ഈ കാണുന്നുണ്ടല്ലോ ഈ താലിബാനും മറ്റൊക്കെ ഇട്ട് കൊല്ലാനാണോ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ട് ക്രൂരമായ പ്രവൃത്തികളിലോ എന്തിലെങ്കിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളിൽ അവരും മനുഷ്യരാണ് അപ്പൊ ചിലരൊക്കെ എന്തുകൊണ്ട് മനുഷ്യജന്മം എടുത്തു എന്ന് കഴിഞ്ഞാൽ അവരിൽ കുറച്ചൊരു നല്ല അംശങ്ങളൊക്കെ കൂടുതൽ ഏതായിരിക്കും ഈ തമോ ഗുണം അപ്പൊ അങ്ങനെയുള്ള ജന്മങ്ങളെടുത്ത് കുറെ ക്രൂരമായി അങ്ങനെയൊക്കെ ജീവിച്ച് കടന്നുറങ്ങി കള്ളു കുടിച്ച് മദ്യപിച്ച് വ്യഭിചാരങ്ങളിൽ പെട്ട് അത് കരുതി സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയൊക്കെ സ്പോയിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം സ്പോയിൽ ചെയ്ത് ഒരംശം പോലും ഉയരാൻ ശ്രമിക്കാതെ അങ്ങനെയൊക്കെ അതപ്പതിച്ച് ജീവിതം നയിക്കുന്ന യോനികളിൽ അവർ ജനിക്കേണ്ടി വരും അവരാര് തമോ ഗുണമുള്ളവര് എന്നിട്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് ഇത് എങ്ങനെ പുറത്തു കിടക്കണം സത് സഞ്ചായ ജ്ഞാനം രജസോ ലോഭ പ്രമാതമോഹോ സത്താൽ സഞ്ചായതേ ജ്ഞാനം സത്വഗുണം കൂടുന്തോറും സത്സംഗങ്ങളിലൊക്കെ പോകുമ്പോ ജ്ഞാനം വർദ്ധിച്ചു വർദ്ധിച്ചു വരും ജ്ഞാനം കൂടുന്തോറും നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള മനസ്സ് എന്തും പങ്കുവയ്ക്കാനൊരു മനസ്സ് വരും നിങ്ങൾക്ക് ജ്ഞാനം കൂടുന്തോറും നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും കുടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും ജ്ഞാനം കൂടുന്തോറും എന്നാൽ രജസ് കൂടുന്തോറോ രജസോ ലോപയേവച രജോഗുണം കൂടുന്തോറും അത് നമ്മളെ എടുത്തുവയ്ക്കാൻ പിടിച്ചു വയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും ഒന്ന് പങ്കുവെക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ പേടി വരും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോയില്ലേ നമുക്ക് ആരാ ഉണ്ടാവുക എന്താ ഉണ്ടാവുക ഓരോന്ന് നിങ്ങൾ അങ്ങനെ പിടിച്ചു വെക്കുന്നത് അപ്പൊ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കുന്ന എന്തുകൊണ്ടാണ് ഇവൻ എന്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എന്നെ ആര് നോക്കുന്നു അപ്പോഴായിരിക്കും അവനെ കൊണ്ടുപോകാൻ ആര് വരുന്നത് മരുമകൾ വരുന്നത് അപ്പൊ നിങ്ങളും മരുമകളും തമ്മിൽ വടംവലിയെ ഇവൻ ആർക്ക് വേണമെന്ന് കാണുന്നില്ലേ ഓരോ വീടുകളില് അപ്പൊ ആ എടുത്ത് പിടിച്ചു വെക്കുന്ന എന്തുകൊണ്ടാണ് ഇവനെ ഞാൻ വിട്ടുകൊടുത്താൽ പിന്നെ എന്നെ ആര് നോക്കും ആ ഒരു ചോദ്യം ആ പിടിച്ചു വെക്കാനുള്ള ഇതുപോലെ തന്നെ പണം ഇതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെന്നെ നോക്കുന്നത് അതുകൊണ്ടുണ്ടല്ല ചില ആളുകള് അവര് ജീവിക്കുന്നത് പിശുക്കനായിട്ട് ജീവിക്കും മരിക്കുന്നത് പണക്കാരനായി മരിക്കും മരിക്കുന്ന സമയത്ത് അവര് ഒരു പണം ചെലവാക്കാതെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്തു വെച്ച് അവര് മരിക്കും കാണാർ അങ്ങനെയുള്ള കുറെ ആളുകളെ റിച്ചായിട്ട് മരിക്കും പൂവറായിട്ട് ജീവിക്കും വളരെ കഷ്ടി അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണാം നിങ്ങൾ പിശുക്ക് പിശുക്ക് ജീവിക്കുന്നവര് ഒരു ജ്യൂസ് കഴിക്കില്ല അര ജ്യൂസ് മതിയുന്നു കാരണം പൈസ പോയാലോ അങ്ങനെയൊക്കെയുള്ള അത്ര പിശുക്ക് ജീവിക്കുന്ന ആളാണ് പിന്നെ പറയാണ് പ്രമാദമോഹോ തമസ തമോ ഗുണം കൂടുന്തോറും മറവി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അജ്ഞാനം നമ്മള് അന്ധകാരത്തിൽ ജീവിക്കും എന്നിട്ട് ഭഗവാൻ പറയണം ഊർധം രാജസാം ജഗന്യഗുണവൃത്തി അതോ ഗന്തി താമസ ഈ ശ്ലോകം നോട്ട് ചെയ്ത് വെക്കണം മരിക്കുമ്പോ എന്തായിരിക്കും ഗതി എന്ന് ഭഗവാൻ അന്ന് പറഞ്ഞുവെച്ചിരിക്കുകയാണ് എന്തായിരിക്കും ഗതി ഊർദ്ധം ഗച്ഛന്തി സത്വസ്ത ഇതിന്റെ രണ്ട് ഒന്ന് ഊർധ്വലോകങ്ങളിൽ ഊർധ്വലോകം എന്ന് പറഞ്ഞാൽ കുറേയും കൂടി ഉന്നതമായ മുകളിലേക്ക് എന്നുള്ള അർത്ഥത്തിലല്ല ഉന്നത ജീവിതങ്ങൾ ആർക്ക് കിട്ടും സത്വഗുണം കൂടുന്തോറും കിട്ടും ഇപ്പൊ സത്വഗുണം ചിലരെന്തുകൊണ്ട് വലിയ പണ്ഡിതന്മാരുടെ വീട്ടിൽ ജനിക്കണോ വലിയ സമ്പൽ സമതിയും സംസ്കാരവും ഉള്ളവരുടെ വീട്ടിൽ ജനിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളാണ് അപ്പൊ ആ സംസ്കാരത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അപ്പൊ നല്ല സാത്വിക സംസ്കാരമുള്ളവർക്ക് ഉയർന്ന ജന്മങ്ങളിലേക്ക് ഉന്നത ജന്മങ്ങളിലേക്ക് ഉയരാൻ സാധിക്കുന്നു ഭഗവാൻ പറയുന്ന ഊർദ്ധും ഗച്ഛന്തി സത്വസ്ഥ ഇനി മദ്യ തിഷ്ടത്തിൽ തിഷ്ടം ആര് ഈ മദ്യ അല്ല എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആര് വരും രജോ ഗുണമുള്ളവർക്ക് അവർക്ക് കുറച്ചങ്ങട്ടും കുറച്ചങ്ങട്ടും ലോകവും വേണം കുറച്ച് ഭഗവാന് വേണം ഈ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ വരും ഇനിയോ അതോ ഗച്ഛന്തി താമസ തമോ ഗുണം വളർത്തിയെടുത്തവർ ആലസ്യവും ഇത്രയും കടന്നുറങ്ങുക കടന്നുറങ്ങുക ഇത് തന്നെ ഒരു ജോലിയൊക്കെ എടുത്ത ആൾക്കാർക്കുണ്ടല്ലോ അടുത്ത ജന്മം കൂടുതൽ സമയം കടന്നുറങ്ങാൻ പറ്റുന്ന ജന്മങ്ങളൊക്കെ എടുത്തു വരേണ്ടി വരും അങ്ങനെയുള്ള യോനികളിലേക്ക് അവർ പോകും അപ്പൊ പന്നിയായിട്ട് ജനിക്കുന്നതും രജോ ഇനിയും കല്യാണം കഴിക്കണം ഇനിയും ഒരുപാട് മക്കൾ വേണമെന്നുള്ളവർക്കൊക്കെ എത്ര പ്രശ്നവിച്ചാലും എടുക്കാത്ത പന്നിയുടെ ജന്മമൊക്കെ കൊടുക്കും ഭഗവാൻ അനുഭവിച്ചു തീരട്ടെ എന്ന് ഇതേടെങ്കിലും പഠിക്കട്ടെ അതുപോലെ എത്ര കടന്നുറങ്ങിയാലും മതിയാവാത്ത ജീവിതം അവർക്കൊക്കെ ഭഗവാൻ ഈ പകൽ മുഴുവൻ കടന്നുറങ്ങുന്ന കുറെ ജീവിതാലങ്ങളുണ്ടല്ലോ വവാലെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിടന്നു തൂങ്ങി കിടക്കും അങ്ങനെയൊക്കെ അതൊക്കെയാണ് അല്ലെങ്കിൽ ആ ജീവിതാലങ്ങളൊക്കെ എങ്ങനെ വരുന്നു ഈ രീതിയിലുള്ള സംസ്കാരങ്ങൾ വികസിക്കുമ്പോൾ ആ മനസ്സ് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ശരീരം നോക്കൂ ശരീരം ഓർഡർ ചെയ്യുന്നത് മനസ്സാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്യൂ ആണോ ആണോ അല്ലേ അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസ്കാരമാണ് അപ്പൊ സംസ്കാരത്തിനനുസരിച്ചുള്ള സാധനം നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനനുസരിച്ച് നിങ്ങൾ വീടുണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ശരീരങ്ങളാണ് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കിടന്നുറങ്ങണം നിങ്ങൾക്ക് മക്കൾക്കൊന്നും ഇനിയും ചെയ്തത് പോരാ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരുടെ കാര്യങ്ങൾ തന്നെ നോക്കണം നല്ല ഭാരം ചുമക്കുന്നവരുടെ ജീവിതവും അപ്പൊ ഭഗവാൻ പറയും നല്ല ഭാരം ചുമക്കാൻ പറ്റുന്ന കുട്ടരാണ് ഒരു മിണ്ടാതെ ഭാരം ചുമക്കുന്ന കുറെ കുട്ടരല്ലേ ഇരുന്ന് ഇങ്ങനെ എരി കൂടി നടക്കൂ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ അങ്ങനെ നടക്കും ഭാരം ചുമന്ന് ചുമന്ന് ചുമന്ന് ചുമന്ന് ഒരിക്കൽ പറയും ഭഗവാനെ ഇനി ഒക്കെ എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ശരീരങ്ങൾ എടുക്കുന്നതിന്റെ പിന്നിലും ഓരോ ആഗ്രഹങ്ങളാണെന്ന് പറയുകയാണ് ഏത് ആഗ്രഹ സംസ്കാരമാണോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും ഏ പോകുന്നുണ്ടാവുക മനസ്സിലാവുണ്ടോ ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത് ഭഗവാനാണോ ഒരാള് കഴുതിയായി ജനിക്കുന്നതും ഈച്ച ചത്ത് പൂച്ച ചത്ത് നരഞ്ചത്ത് നാരിചത്ത് നരിയാകുന്നതും നരിയാകുന്നൊക്കെയാ പറഞ്ഞ വാക്കുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളൊന്നുമല്ല ഇല്ല ഞാനപ്പനെങ്കിലും പറഞ്ഞിട്ടില്ലേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ ഉയരാം നരന് നാരിയാവാം നരിക്ക് നാരിയാവാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുക ഇരിക്കാം ചിലരുടെ സ്വഭാവത്തിലൊക്കെ കാണാനും പറ്റുന്നുണ്ടായിരിക്കും നരന് നാരിയൊക്കെ ഒരുപോലെ ഇരിക്കുന്നത് ഏതായാലും ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് അർജുന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാന്യം ഗുണേദ്യ യഥാദൃഷ്ടാനുപശ്യതി ഗുണേ്യേത്തി മദ്ദാവം സോതികച്ചതി ന അന്യം ഗുണേഭ്യ ഈ ഗുണത്തിൽ നിന്ന് അന്യമായിട്ട് യഥാദൃഷ്ടാനുപശ്യതി ആരാണോ ദൃഷ്ടാവായിരിക്കുന്ന എന്നെ കാണുന്നത് അപ്പൊ ഞാൻ ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമാണ് എനിക്ക് ഈ ഗുണങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല ഗുണേവ്യസ പരം വ്യക്തി ഈ ഗുണങ്ങൾക്കെല്ലാം പരമമായിട്ട് തന്നെ അറിയുന്നവൻ മദ്ഭാവം അധികച്ചതി അവൻ എന്റെ അടുത്തേക്ക് വരും അപ്പൊ ഞാനെന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ അതീതമാണ് വാസ്തവത്തിൽ എന്റെ സാന്നിധ്യത്തിലാണ് ആര് പ്രവർത്തിക്കുന്നത് ഈ ഗുണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ ഡാൻസിന് വേണ്ടിയിട്ട് എന്തിലായിട്ടാ പറയാ ഒരു റൊട്ടേഷൻ ഇത് സ്പോട്ട് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് മാത്രല്ല ഈ ഡിസ്കോ ലൈറ്റ് ഇങ്ങനെ കറക്കുന്നൊരു ലൈറ്റ് ഉണ്ടല്ലോ ആ ഒരു കറക്കുന്നൊരു സാധനം അതിന് പല പേപ്പറുകളും ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പം ബൾബ് ഒന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിങ്ങനെ കറക്കുന്നതിനനുസരിച്ച് ആ കളറ് വരുമ്പം ആ കളറ് വരും ഇതുപോലെ നമ്മുടെ മനസ്സിൽ മൂന്ന് കളറ് ഒട്ടിച്ചിരിക്കുകയാണ് ലൈറ്റ് ആരുടെയാണ് ഭഗവാന്റെ ലൈറ്റ് ഭഗവാന്റെ ലൈറ്റില് കളർ ഏത് കളറ് വന്നാലും ഭഗവാന്റെ ലൈറ്റ് അതിലൂടെ കാണിക്കും രാത്രിയാകുമ്പം കറുത്ത പേപ്പർ ഒട്ടിച്ചു അപ്പൊ കറുത്തലായിട്ട് രാവിലെ വെളുത്ത പേപ്പർ ഒട്ടിച്ചു അപ്പൊ വെളുത്തലായിട്ട് അത് കഴിഞ്ഞാൽ പേപ്പറിന്റെ നിറം മാറാൻ തുടങ്ങി ചുവന്ന നിറം തുടങ്ങി പിന്നെ അതിലൂടെ വരുന്നത് ചുവതലായിട്ട് പിന്നെ ചിലർക്ക് പെട്ടെന്ന് വെളുത്തിലേക്ക് വരാം ചുവപ്പിലേക്ക് പോകും ചിലർക്ക് എപ്പോ വേണമെങ്കിലും കറുപ്പിലേക്ക് പോവാം ഇങ്ങനെ കറുപ്പും ചുവപ്പും മൂന്ന് പേപ്പർ ഒട്ടിച്ച ഒരു എന്ത് ലാമ്പെന്ന പറയതിന് കണ്ടിട്ടില്ലേ നിങ്ങള് ഈ ഇതിലൊക്കെ ഇങ്ങനെ കറക്കി കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പല കളറുകളൊക്കെ വരും സാധാരണ ഡാൻസിന് ഉപയോഗിക്കുന്നൊരു എന്താ എന്റെ പേര് എനിക്കറിയില്ല റൊട്ടേറ്റിംഗ് ലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു സാധനം ഏ സ്റ്റേജ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇന്നത്തെ എന്റെ കാരണം ഇന്നിപ്പോ പ്രത്യേക ലൈറ്റ് ഉള്ള സംവിധാനങ്ങൾ ടെക്നോളജി ഒക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്തു പണ്ടതൊക്കെ കറക്കാനൊരാൾ നിക്കണം ഇപ്പോൾ കറകാനാണോ ആളെ കിട്ടാത്തത് അപ്പൊ അങ്ങനെ ലൈറ്റുകൾ പോലെയാണ് നമ്മുടെ മനസ്സ് ആരാണോ ഞാൻ ഇതിൽ നിന്നൊക്കെ ഉയർന്നു എന്ന് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നത് അവൻ എന്നെ പ്രാപിക്കുന്ന അപ്പൊ അർജുനൻ ചോദിക്കുകയാണ് ഉയർന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കൈർലിംഗ് എങ്ങനെ ഉയർന്നവർ ഈ ഗുണങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ അങ്ങയിലേക്ക് ഉയർത്തിയവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ പറയാണ് പ്രകാശം ചവൃത്തിവൃത്ത പ്രകാശം ചവൃത്തി മോഹം ചോറ സത്വഗുണം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രജോ ഗുണം മോഹം എന്ന് പറഞ്ഞാൽ തമോ ഗുണം ഇപ്ര ഇപ്രകാരമൊക്കെ ഉള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആരാണോ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നത് ന ദ്വേഷി അവർ ഈ ഗുണങ്ങളോടൊന്നും ദ്വേഷം കാണിക്കാതെ അവര് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതെ അതിൽ നിന്നും ക്രമേണ ഉയരാൻ ശ്രമിക്കും അവരാരൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഉദാസീനപദാസീനോ ഗുണാവൃത്തേവ യോവധിഷ്ഠതി അപ്പൊ ഈ ഗുണങ്ങളൊക്കെ മനസ്സിൽ വരുന്ന സമയത്ത് സത്വഗുണം വരുമ്പോ നമ്മൾ നമ്മളെ പുകഴ്ത്തി പറയാൻ സമ്മതിക്കുന്നത് നമ്മുടെ ഗുണങ്ങൾ ഞാൻ വളരെ നല്ലവനാണ് എന്റെ ഗുണങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്നൊന്നും നമുക്ക് അതിന്റെ ക്രെഡിറ്റ് ഉണ്ടാവരുത് ഞാൻ ഹേമത്വം കാണിക്കരുത് രജോ ഗുണം വരുന്ന സമയത്ത് നമ്മള് കൂടുതൽ ഒന്നിലേക്ക് ഒട്ടിപ്പിടിക്കാൻ നമ്മുടെ മനസ്സിന് അനുവദിക്കും തമോ ഗുണത്തിലേക്ക് ഒരിക്കലും പീഴ്വാസത്തിൽ ഈ മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ വിജയദശമി ആഘോഷം വെച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നവരാത്രി ഫെസ്റ്റിവല് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഈ മൂന്ന് ദേവതകളെയാണ് വാസിക്കുന്നത് ആരൊക്കെ സുഭദ്രയോ ദുർഗ ലക്ഷ്മി സരസ്വ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാപൂജയാണ് പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മി പൂജയാണ് പിന്നത്തെ മൂന്ന് ദിവസം എന്തിനാ അങ്ങനെ മൂന്ന് പേര് വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ദുർഗാപൂജ കൊണ്ട് അർത്ഥമാക്കുന്നത് ദുർഗ എന്ന് പറയുന്ന മഹിഷാസുരമർദ്ദിനിയാണ് അല്ലേ മഹിഷാസുരമർദ്ദിനി ശ്രോതങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ മഹിഷാസുരമർദ്ദിനിയാണ് അതായത് മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ കൊന്നവളാണ് ദുർഗ മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ ആരാണ് കോത്തിന്റെ തലയുള്ള ഒരു അസുരനെയാണ് മഹിഷാസുരൻ വാസ്തവത്തിൽ തമോ ഗുണത്തിന്റെ പ്രതീകമാണ് മഹിഷാസുരൻ നിങ്ങൾ കൂടുതൽ നേരം കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഏത് മൃഗമായിട്ടാണ് നിങ്ങളെ താരതമ്യം ചെയ്യ കോത്തുപോലെ കടന്നുറങ്ങണ ചിന്ത എണീറ്റ് പോകണി കെട്ടില്ലേ കുട്ടിക്കാലത്തൊന്നും കോത്തുപോലെ എന്ന് പറയും ഇപ്പൊ പിന്നെ പോത്തുനിന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഫോത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അത് അതിൻ്റെതായ രീതിയിൽ ജീവിക്കുള്ളൂ ചില റോട്ടിലൊക്കെ കാണാൻ നിങ്ങക്ക് പ്രോത്ത് ക്രോസ് ചെയ്യുമുണ്ടല്ലോ എത്ര സ്പീഡിൽ വന്നാലും പ്രതിയൊന്നും ആവശ്യമില്ല ഓരോരുത്തരുടെയും സ്വഭാവം ഉണ്ടല്ലോ കുടിക്കുന്ന പാലിലൂടെ മനസ്സിലാവുന്ന ഒരാളിങ്ങനെ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു ആട് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ അതിന്റെ പിന്നില് കുറെ ആട് വരുന്നുണ്ട് ഇയാളെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു ഹോർണടിച്ചു ആടൊന്നും ക്ലൂസ് ആക്കാത്തൊരോറ്റയാളുടെ ഓപ്പോസിറ്റ് മറ്റേ സൈഡിലേക്ക് അതേ ദിവസം തന്നെ ഇയാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായി ഇയാള് നോക്കുമ്പോഴേ ഇതുപോലെ രണ്ടു മൂന്ന് ആൾക്കാർ ക്രോസ് ചെയ്യുന്നു ഇയാളെ ഹോർണടിച്ചു ഹോർണടിച്ചിട്ട് അവരുണ്ടല്ലോ പെട്ടെന്ന് ഓടി അപ്പുറത്തേക്ക് കടന്നു ബാക്കി പുറകിലുള്ളവരൊക്കെ ഓടി അപ്പുറത്തേക്ക് കടക്കുകയാണ് ഇയാളുടെ വാഹനമൊക്കെ കണ്ടിട്ടു അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇതൊക്കെ ആടിന്റെ ബാല് കഴിക്കുന്ന ഒരു വർഗ്ഗമായിരിക്കണെന്ന് കാരണം ആടിന് ക്ഷമല്ലല്ലോ എന്ത് കേട്ടാലത് ആ വഴിക്ക് നോക്കില്ലേ ചാടി പോയ പോലെ കഴിഞ്ഞു പറ്റൊരിക്കലേ ഇയാൾ ഇങ്ങനെ വാഹന ഓടിച്ചു ഒരാൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഹോർണടിച്ച സമയത്ത് അയാൾ ആ റോഡിന്റെ നടുക്ക് നിന്നിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കി ഈ എരുമകൾക്കൊക്കെ അതിന്റെ സ്വഭാവമുണ്ട് അതെവിടെങ്കിലും നിന്ന് കഴിഞ്ഞല്ലോ നിന്നെ പോലെ എത്ര ഞാൻ ഒരു കോസലും ഒരു ടെൻഷൻ ഇല്ലാത്ത വിഭാഗാണ് ഈ എരുമയും പോത്തൊക്കെ അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് മിക്കവാറും എരുമപ്പാല് തന്നെ അത് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു കൂസലുമില്ലേ എനിക്ക് തോന്നുന്നു നിങ്ങക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ടോ പതെന്ന് കാരണം ഈ ഹരിയാനയിലൊക്കെ എരുമപ്പാല് ധാരാളം കിട്ടുന്ന സ്ഥലമാണേ അത് കുടിച്ച് കുടിച്ച് കുടിച്ചപ്പോ ഒരു കൂസലില്ലാതെ മാറിയിട്ടുണ്ടോന്നുള്ളത് രണ്ടു മൂന്ന് ദിവസത്തെ കഴിഞ്ഞപ്പം അതിന്റെ സ്വഭാവങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നാമതൊരു ദിവസം ഇയാൾ പോകുന്ന സമയത്തുണ്ടല്ലോ ഒരാള് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ അയാൾ വളരെ മര്യാദയില് പുറകോട്ട് നിന്ന് സൈഡിലേക്ക് മാറി നിന്ന് അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആ വിനയം കാണിക്കുന്ന പശുവിന്റെ സംസ്കാരം തന്നെ ആ പശുവിന്റെ പാല് ഇയാൾ ചോദിച്ചു നിങ്ങൾ ഏത് പാലും കഴിക്കരുത് പശുവിന്റെ പാലാണ് മറ്റൊരു സമയത്ത് ഇയാൾ പോകുന്ന സമയത്ത് ഒരാൾ നടുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇയാൾ സ്പീഡിൽ വരുന്നത് ഇയാള് ഹോർണടിക്കുന്ന സമയത്ത് അയാൾ കുറെ ലെഫ്റ്റിലേക്ക് പോകണു റൈറ്റിലേക്ക് പോകണോ ലെഫ്റ്റിലേക്ക് പോകണു റൈറ്റിലേക്ക് പോകണോ മനസ്സിലായില്ല ഇത് ഏത് പാലായാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇയാളോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് പാലാണ് ഉപയോഗിക്കുന്നത് പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് എന്ന് അതൊരു മനസ്സി തുളുമ്പോ അത് ലെഫ്റ്റ് റൈറ്റ് തുളുമ്പു ഏ അതെ ഇതാണ് തുളുമ്പ സാധനം നോക്കൂ നിങ്ങൾ വീട്ടിൽ ഇറങ്ങി അപ്പൊ നമുക്ക് ടെൻഷനായി വാതിലടച്ചോ അങ്ങട്ടനെ ഓടി പിന്നെ വീണ്ടും കണ്ടെറങ്ങി വന്നോ ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ കാണാൻ നിൽക്കും ഈ പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നവർക്ക് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ ഉപമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് തമോ ഗുണം അപ്പൊ മഹിഷാസുരമർജിനി എന്ന് അർത്ഥം ആലസ്യത്തെ ജയിച്ചവളിന് എങ്ങനെ ജയിക്കണം ക്രിയാശക്തി കൊണ്ട് ജയിക്കണം എന്താണ് ക്രിയ കൊണ്ട് ജയിക്കണം ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് വേണം എന്തിനു ജയിക്കാൻ വക്രിയയുടെ പ്രതീകമാണ് ദുർഗ ദുർഗ ഇരിക്കുന്നത് എവിടെയെന്നറിയോ സിംഹത്തിന്റെ മോള് സിംഹവാഹനം സിംഹം ശക്തിയുടെ പ്രതീകമാണ് അപ്പൊ വേണം നമ്മൾ ആരെ തോൽപ്പിക്കാൻ തമോ ഗുണത്തെ അത് തമോ ഗുണം തോൽപ്പിച്ചു കഴിഞ്ഞാൽ ക്രിയ കൊണ്ട് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രിയകളെ നമ്മളെങ്ങോട്ട് ഉയർത്തുമുണ്ടല്ലോ നമ്മളോട് പറയാണ് ലക്ഷ്മിയെ നേടുന്നുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമബുദ്ധിയാകുന്ന സമ്പത്തിന്റെ പ്രതീകമാണ് ഇരിക്കുന്നത് താമരയിലാണ് താമരയ്ക്കൊന്നിനോടും ഒട്ടലില്ല സമബുദ്ധിയാകുന്ന സമ്പത്തിന്റെ ഉടമയാണ് അര് ലക്ഷ്മി ഏറ്റവും വലിയ സമ്പത്ത് സമബുദ്ധിയാണ് മൂന്നാമത്തതാണ് ആര് സരസ്വതി സരസ്വതി ജ്ഞാനത്തിന്റെ പ്രതീകമാണ് വെളുത്തത് സത്വഗുണത്തിന്റെ പ്രതീകമാണ് വീണ കയ്യിലെന്തായിരിക്കുന്നത് വീണയാണ് വീണ സംഗീതമാണ് അറിവിന്റെ സംഗീതം കൊണ്ട് വേണം നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഏതറിവ് ആരെക്കുറിച്ചുള്ള അറിവ് ഭഗവാൻ വിദ്യകളിൽ വെച്ച ഏറ്റവും സർവോത്കൃഷ്ടവിദ്യ ഏതാണ് കഷ്ടം പത്താമത്തെ അധ്യായം എടുക്കൂ വിഭൂതി എടുത്തു നോക്കൂ നോക്കൂ ഏതാ ശ്ലോകം എന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ വിദ്യകളിൽ വെച്ച് അധ്യാത്മവിദ്യ വിദ്യാനാംരണ്ടാമത്തെ ശ്ലോകം എന്താ പറയുന്നത് ഏത് വിദ്യയാണ് അധ്യാത്മവിദ്യ ആ അധ്യാത്മവിദ്യയുടെ പ്രതീകമാണ് സരസ്വതീദേവി പ്രേം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിയാ ഇച്ഛ ക്രിയയുടെ പ്രതീകമായി ദുർഗ ഇച്ഛയുടെ പ്രതീകമായി ലക്ഷ്മി ജ്ഞാനത്തിന്റെ പ്രതീകമായി സരസ്വതി ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മനസ്സിനെയാണ് പൂജിക്കുന്നത് സ്ത്രീ രൂപത്തിൽ നിന്ന് മാത്രം വാസ്തവത്തിൽ നമ്മളതൊക്കെ മനസ്സിലാക്കാതെ പൂജിക്കുമെന്നുണ്ടല്ലോ വെറും പെണ്ണുങ്ങളെ പൂജിക്കുന്നത് പോലെയൊക്കെ തോന്നും അങ്ങനെയൊരു പെണ്ണിന്റെ രൂപത്തിലൊരു ദേവി എവിടെയിരിക്കണോന്നൊന്നും ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടില്ല അവര് പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ തന്നെ പ്രതീകാത്മകമാക്കി വെച്ചിരിക്കുകയാണ് അത് ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം നമുക്ക് ഏതായാലും ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് ഈ സമദുഖ സുഖസ്വസ്ഥ സമനോഷ്ട്രാസ്മകാഞ്ചന തുല്യ പ്രിയപ്രിയോ ധീര തുല്യനിന്ദാസ്മ സംസ്തുതി ആനാപമാനയോ തുല്യ തുല്യ മിത്രാരിപക്ഷയോ ഇതൊക്കെ നിങ്ങൾ വായിച്ചതല്ലേ ഓൾറെഡി എവിടെയാണ് ഭക്തിയോഗത്തില് അങ്ങനെയൊക്കെ ഉള്ളവർ ആളുകൾ ഗുണാതീതേ അവർക്ക് ആരായി തീരാൻ പറ്റും ഗുണങ്ങൾക്കെല്ലാം അതീതന് അപ്പൊ ഗുണങ്ങൾക്ക് മാനസികമായ ചില ബാലൻസുകൾ നമ്മള് നേടിയെടുക്കണം മനസ്സിലാവുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മള് ഒന്നിലും ഒട്ടിപ്പിടിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത് അതാണ് വലിയൊരു ഗുണം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു മാം ചയോണ യോഗേനേ സഗു സഗുതാൻ ബ്രഹ്മഭൂയാൽപ്പതേ ഇപ്രകാരം ആരാണോ മാം എന്നെ അവ്യവിചാരേണ വ്യവിചാരിത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു പുരുഷന്റെ അടുത്ത് പോകുന്ന അല്ലെങ്കിൽ വ്യഭിചാരി എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിട്ട് മറ്റൊരു സ്ത്രീടെ അടുത്ത് പോകുന്നവരെയാണ് ഏഹ് വ്യഭിചാരി അപ്പൊ വ്യഭിചാരിത്വം എന്ന് പറഞ്ഞാൽ ഒന്നിനെ വിട്ട് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ വിട്ട് മറ്റൊന്നിൽ ഭഗവാനെ കാണുന്നവരെയൊക്കെ മനസ്സിലായില്ല എന്താ പറയുന്നത് ഭഗവാൻ ആ വാക്കുപയോഗിക്കാൻ കാരണം എന്താണ് നമ്മള് ഭൂരിപക്ഷം ആളുകളും ഭക്തി വ്യഭിചാരികളാണ് അപ്പൊ നമ്മളിൽ നടന്നിരിക്കുന്ന ആ ഭഗവത് ശക്തിയെ വിട്ട് നമ്മള് മറ്റൊന്നിൽ ഭഗവാനെ കാണുമ്പോ ഒന്നിനെ വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നവരെയാണ് അതും ഒന്നിനെ വിട്ടുകൊണ്ട് മറ്റുള്ളതിലേക്ക് പോകല്ല കൂടെയുള്ളതിനെ സ്വന്തമായതിനെ വിട്ടിട്ട് അവരെയാണുള്ള വ്യഭിചാരികൾ എന്ന് നോക്കുക ഒരു ആണിനെ വിട്ടിട്ട് വേറൊരു ആണിൻ്റെ അടുത്ത് പോകുന്നവര് വ്യിചാരികൾ ആവണമെന്നില്ല ചെയ്യുന്ന ആളുകളില്ലേ അവർക്കെന്ത് വിചാരിത്വം അതുപോലെ തന്നെ പല സ്ത്രീകളുടെ അടുത്ത് പോകുന്ന ആളുകളെ വ്യഭിചാരിയിൽ നിന്ന് വിളിക്കാൻ എല്ലായിടത്തും പറ്റില്ല അപ്പൊ പാഞ്ചാലിയെ നമുക്ക് വ്യഭിചാരിയിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ കാരണം പാഞ്ചാലിയെ സംബന്ധിച്ച് അഞ്ചു പേരും സ്വന്തം ആളുകളാണ് അല്ലേ അപ്പൊ സ്വന്തമായതിനെ വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നവരെയാണ് മനസ്സിലാവണ പ്രയോഗത്തിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ സ്വന്തമായതിനെ വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നവരെയാണ് ഏഹ് വ്യഭിചാരികൾ അങ്ങനെയാണെങ്കിൽ സ്വന്തം ഉള്ളിലിറഞ്ഞിരിക്കുന്ന ഭഗവാനെ വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നവരൊക്കെ ഏഹ് വ്യഭിചാരികൾ അപ്പൊ എവിടെയാണ് പിടിക്കേണ്ടത് എവിടെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് നമ്മളിൽ തന്നെ ഉറപ്പിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ ഉറപ്പിക്കാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ ആരായി തീരും ഈ ശ്ലോകം ഉറത്തു വെക്കണേ ഭക്തിയോഗേന സേവത സഗുണാൻ സമതീ തേറ്റാൻ അവൻ എല്ലാ ഗുണങ്ങളെയും അതീതം സമഗു ഗുണങ്ങളെക്കതീതം ചെയ്ത് ബ്രഹ്മഭൂയായ കൽപതേ അവൻ ആരായി പറ്റും ബ്രഹ്മപൂയ എന്നുവെച്ചാൽ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാൻ അതിനെ അനുഭവിക്കാൻ സാധിക്കവന് ആർക്കാണ് ആധ്യാത്മിക ഉന്നതി വെച്ചിരിക്കുന്നത് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ ഭക്തിയോഗേന പ്രേമത്തോടുകൂടി മനസ്സിനെ ഉറപ്പിച്ച് അങ്ങനെ ക്രമേണ ക്രമേണ മനസ്സിനെ ഗുണങ്ങളിൽ നിന്നും ഉയർത്താൻ സമബുദ്ധി നേടി ഉയർത്തുന്നവരെയാണ് ബ്രഹ്മപൂയായ കൽപ്പതയെ അനുഭവിക്കാൻ യോഗ്യരായിട്ടുള്ളത് പറയുമ്പോൾ ഓൾ ദ ട്രാൻസ്ഫർമേഷൻ ഷുഡ് ആപ്പൺ ഇൻ ദ മൈൻഡ് എന്നാണ് നമ്മുടെ ഉള്ളിൽ വേണം ഇതൊക്കെ സംഭവിക്കാൻ അതൊരു പുറമേയുള്ള ആചാര അനുഷ്ഠാനമായി ഒതുക്കി വെക്കരുത് പുറമേയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വച്ചിരിക്കുന്നത് ഇന്നർ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ടും ഒരുമിച്ച് പോണം അതും ഇതും ഏതുപോലെ ഒരു അമ്മ ചെറിയ കുട്ടിക്ക് നടക്കാൻ വേണ്ടിട്ടൊരു വണ്ടി കൊടുക്കുമ്പോ ആ കൊടുക്കുന്നത് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിട്ടല്ല ആ കുട്ടിക്ക് നടത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്കുണ്ടല്ലോ സ്ലൈറ്റിന്റെ കൂടെ ഈ മുത്തുകളുള്ള സ്ലേറ്റ് പേടിച്ചു ആ ഭംഗി കാണാൻ കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടില്ല അതിലൂടെ അക്കംപഠടിക്കാൻ വേണ്ടിയിട്ട് ആ ഉദ്ദേശം മറ്റൊന്നാണ് ഇതുപോലെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഉദ്ദേശ്യം നമ്മുടെ മനസ്സിനെ ക്രമേണ ക്രമേണ തമോ ഗുണത്തിൽ നിന്ന് ആ സത്വഗുണമുള്ള മനസ്സിനെ ആ സമബുദ്ധി നേടിക്കൊണ്ട് ആരിലേക്കും ഭഗവാനിലേക്കും ഉറപ്പിച്ചുകൊണ്ട് നാം എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അവിടെ എത്തിച്ചേർക്കാനാണെന്ന് ഗീത നമുക്ക് സ്പഷ്ടമായി കാണിച്ചു തരുന്നു